ശേഷം നല്ല വശം തുമ്മലീക്കണ്ടിയും മുണ്ടിയെല്ലാം വരുവല്ലോ ആ അവശിഷ്ടങ്ങൾ അതെന്താകുന്നു വകതിനിടുക്കാൻ അത് ബാക്കി തന്നെ വെട്ടിക്കിടക്കുക എന്ന സങ്കൽപ്പ്രകാരമാണെങ്കിൽ ശരീരത്തിന് എന്തെല്ലാം ദൂശ്യങ്ങളുണ്ടായിരുന്നു കാരണം ഈ രണ്ടാം വഴി വെച്ചിട്ട് ലക്ക്ഡൌൺ നാടിനേക്ക് വെളിച്ചെടുത്തരക്കലിനെ വെച്ചെടുക്കുന്നു അത് ബാക്കി നിർത്തിക്കൂടാഹുബാഹത്താൽ അതിന് ആ ചണ്ഡീചരക്കലിനെ പൊട്ടേ കിടക്കുന്നു രണ്ട് മതത്തിൽ കൂടിയത് ഒന്ന് മുൻകാലത്തിൽ കൂടി ഒന്ന് ഗുരുതാരത്തിൽ കൂടി യും അസതോട്ട് അഞ്ചു താഴേക്കാരുണ്ട് അതാ നോക്കിയേ കാണൂ പരതിയാലേ കാണൂള്ളൂ അഞ്ചാളകുമാരെ അഫലദി ആക്കിയത് അസര താഴോട്ടേക്കാം അതെന്തിനാൽ മറ്റുള്ള ആളുകൾ ഈ മമ്പതിനെ നോക്കി കാണാതിരിക്കാൻ വേണ്ടിട്ടു ഒളിപ്പിച്ച് വെച്ചിട്ട് താഴോട്ടേക്കൊരു വരിഞ്ഞ സ്ഥലത്തേക്കാണ് നോക്കി താഴെ ഇത് ഗോപാലും മഹാസിന് വസ്ത്ര കമ്പാവിത മോശമായ കമ്പാവിനായ ചെലവിൽ അല്ലാത്ത ഒളിപ്പിക്കുകയും ചെയ്ത് മഹാസ്റ്റിനായ ചാനലെല്ലാം പുറത്തുവിറക്കണം ദുനിയാണ് അത്യത്ഭുതകരമായ അനിക്കുമ്പോ എന്ന് ചിന്തിച്ചു നോക്കും ആ അവശിഷ്ടങ്ങൾ പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കുമ്പോ നീക്ക് കൺട്രോൾ ആക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അപ്പം തന്നെ വർണ്ണവേദനകൾ പോയി ആണെങ്കിൽ തുണിയിൽ നിന്നും പെരുകിട്ട് ആകെ വെച്ചായിട്ട് വളണ്ടറി അക്ഷണം ഒന്ന് സ്ഥാനത്തെത്തുന്ന ഒരു സംസാരം കണ്ട്രോൾ ആക്കാൻ വേണ്ടി ഒന്നാമത്തെ കുളിച്ചു നിർത്തി ആകത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ വർണ്ണഘടനകളുടെ ഒക്കെ പുറത്ത് നീങ്ങാനങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ആകെ വെച്ചായിട്ട് എപ്പോ ആ പകുതൊക്കെ പൂർവ്ജിന്ദൊരുങ്ങുന്ന വസു കിരുന്ന കണ്ട്രോളാക്കി നിർത്താൻ കഴിഞ്ഞിട്ടല്ലോ അല്ല വധം തൊണ്ടെത്തി തീറ്റത്തി പറയാ ഇതന്നെ കയറി മനുഷ്യന്റെ പദവി ലേറ്റ് ആയിട്ടില്ല തുന്നത്തുന്നവര് അയച്ചു കൊണ്ടിപ്പോ അതെ അറ്റൊന്ന് ഇതിനുള്ള വിഭിക്കുമ്പോൾ തീർക്കുട്ടില്ല ഇത് മനുഷ്യന്റെ ജീവനം എന്ന ലക്ഷ്യത്തിൽ നിന്നുള്ള ഇപ്പോ ഉപാധി എന്നുള്ള പിന്നെ മുടിഞ്ഞേൽ എന്ന് പറഞ്ഞത് വേറെ വരാനുണ്ട് സംസാരിക്കൽ വേറെ വരാനുണ്ട് ചിന്തിക്കലിന്തേലും വേറെ വരാനുണ്ട് എന്ത് ചിന്തിച്ചു എന്നല്ലാതെ നേട്ടം വോട്ടുകൾ ഇപ്പഴത്തേക്കുള്ള വേറെ വരാനുണ്ട് ആർക്കാലും കടലായ അസമക്കുന്നുണ്ട് കാണല് വരാനുണ്ട് ചന്ത വരാനുണ്ട് പാതവ്യത്യാസം വരാനുണ്ട് ഇതൊന്നും കഴിയില്ല ഇതൊന്നും ഭാര്യ കിട്ട് ഇവർ നിൽക്കുന്നത് വരുന്നുണ്ട് ചെറിയ ലിറ്റിമത്യോട് പറഞ്ഞു അതിനൊരു പൂർത്തിയാണ് അപ്പൊ വൈകിട്ടായിട്ട് ഒരു ന്യൂനത്വം രാത്രി ില്ലല്ലോ അതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോ ലഹലയിലും ഒരു ലഹല എന്ന് പറഞ്ഞാൽ ചെറിയ സമയം പറയുന്നതല്ലോ കണക്ക് പറഞ്ഞിരുന്നു ലഹലനെ കണക്ക് കുറക്കാൻ നമുക്ക് വാക്കില്ലാത്ത ഉണ്ടാവും നീയാണെങ്കിലോ അസിലത്തിന ഞാൻ നശിക്കാനില്ല നസിനെ തൊട്ട് നക്സിനൊക്കെ അജായ്മുണ്ടാക്കിയിട്ടുണ്ട് ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നീ അറിയുന്നില്ല വന്നൂർ നീ നോക്കി ഇല്ല കൊറോവിൻ പത്തി വെറും ശ്വാസോശ്വാസം പുറത്തുനിന്ന് നോക്കിയിട്ട് ഈ ഡി കിടക്കുന്ന പത്ത് മിനിറ്റ് പുറത്തു പോയിട്ടില്ല നോക്കിട എന്താണ് ഇവിടുത്തെ ഇനി കിട്ടേണ്ട നല്ല വായു കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ എന്താ എനിക്ക് അവസ്ഥ അതിന്റെ പേറ്റവും കൊറോജും അതിന്റെ ദുഃഖവും നോക്കും കൊറോജും ഉച്ഛാസം ദുഃഖുള്ളി കേരളി അല്ല തിഹ അല്ലതി എങ്ങനത്തെ കൊറൂനിന്ന് നെഫച്ചാണ് വിഹി അതുകൊണ്ടാണല്ലോ ശിവാമൻ ഈ അത് ഉണർച്ചയിലും നടക്കുന്നുണ്ട് ഉണർവയിലും നടക്കുന്നുണ്ട് അതിന് ഒരു കൺട്രോളും നമുക്ക് ചിന്തിക്കാനായിട്ടില്ല അത് സദാസമയത്ത് നടക്കട്ടെ നോക്കാം അതേപോലെ തൂറാനും വീട്ടാനും വരുമ്പോ ഒന്ന് ചോളിയിലെത്തോളെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കൈവാരം വന്നിട്ടുണ്ട് ശിക്ഷത്തിലുണ്ട് മറന്നുകൊണ്ട് ഇത് തൽക്കാല വിശ്വാസത്തിൽ അദ്ദേഹം കണ്ടുള്ളൂ അതിനുള്ളിനുള്ളിലുള്ള ഒരു കോണ്ടി വസ്തു മാത്രം നോക്കിക്കൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഇതിന്റെ തീരില് ഇനി വമിൻ അക്കമ്പനിപുറത്തിൽ ഇനി എബുറത്തിന്റെ കൂട്ടത്തിൽ ഇരുന്നും വച്ചില്ല ഇതെല്ലാം ലാഹിനിയായ കാര്യമാണ് ഇത് ശരീരത്തിന്റെ അതായത് ഊഹിന്റെ നിലനിൽപ്പിന് ഒരു ശരീരം വേണം ശരീരത്തിന്റെ നിലനിൽപ്പിന് പലതും വേണ്ടുന്ന കൂട്ടത്തിൽ ഈ കാര്യം വേണം ഇനി എണ്ണീട്ടുള്ളൂ അപ്പൊ ഉപാധികൾ ഉപാധി മെയിൻ അടുത്തത് അല്ലു അല്ലത് എങ്ങലാണ് ബുഹിസ്കം നീതു അതുകൊണ്ടാണല്ലോ നല്ലതും തീർത്തതും വേണ്ടതും വേണ്ടാത്ത എല്ലാം തമ്മീസാക്കുന്ന അക്കൽ കൊണ്ടാണല്ലോ ഇന്റെ പദവി കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു ആസൂത്ര പദ്ധതിയുണ്ടല്ലോ അതും വൈദറാച്ചൻ ഒരോമിവൻ മാമുകളും മാരിസത്തുകളും വിസുരാതി ചെയ്യലും ഒരു മാമ്പും പുല്ലിയായി മാരി മാമും കുട്ടി കൊണ്ട് അധികം കുടുംബമാണല്ലോ പുല്ലിയാക്കി വരുന്നത് അതായത് നമ്മുടെ വിശ്വാസമാണ് പുല്ലിയായിരിക്കും ആരി പത്തെന്തായിരിക്കും ജുസീ ആയിരിക്കും പത്ത് മാത്രമല്ല വമ്മാണോ നമുക്ക് ഉപകാരമുള്ള എന്തൊക്കെയുണ്ട് ഉപദ്രവമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇതാക്കി ചെയ്യുന്നത് അത് വേണ്ട നോക്കാൻ ഇതെല്ലാം അമ്മാവത്താത് ചുരുക്കത്തിന് لا تحصوها سيم تعدو نعم الله نعم كيف المفردات في اضافه تاكيد لا ابا عندنا مفرد الله تعالى علومه في ذلك مفرد اضافه تعالى نعم مرذن فالله عنده اورا اورا نعمته الذين هم اولاء السلام تنير الموصد الذين يقولوا اكثر نعم هذه توفيق من الله اكثر نعم تنير എന്നിട്ട് അതുകൊണ്ടുള്ള പാചകൾ എന്താണ് നമുക്ക് മാവ് നാവ് എന്നുകൊണ്ട് കിട്ടുന്ന ഈ കലാം കിട്ടുന്ന പല കലാമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കലാമാണ് അല്ലെ ഈ ഒരു കലാം കൊണ്ട് കിട്ടുന്ന പെട്ടെന്ന് മാത്രം കൂട്ടിയിട്ട് എന്തായിരുന്നു സഫീബത്താൻ അലൽ നിസാനി സഫീലത്താലി ഫു നിസാനിത്താനിർ റഹ്മാനി സുമഹാനുള്ള വിഹം ജി സുമഹാനുള്ള ഈ അറ്റ കിരീമി ഇത് കൊണ്ട് വിട്ടുന്നേ വായുകൾ മാത്രം വേണ്ടിയിട്ടുണ്ട് ചില ഒരു അഴുക്കുകളും ചിലവരാവിധ ഇല്ലെന്നൊന്നും ബാലുവരനും സംസാരിക്കലും വായിക്കിയും ഇസാദിയും ഷത്തോറും ബൈഫും ചെറാവും ഒരു കെരുമത്ത് ഇലാഫത്താക്കിയാൽ ഒന്നോ ഉണ്ടാവുമെന്നാണ് ഞേമത്തുള്ള ഞാൻ എന്ന് അർത്ഥം കിട്ടുക ശരിക്കുന്ന റൊമോമെന്നല്ല ജമ്മെന്ന് അപ്പം വരുവില്ല കേട്ടാ ജമു വേറെ ഒമൂമ വേറെ മുഫറദിനെ ജമ്മാക്കലാണ് ഏതുണ്ടായത് ജമ്മെന്ന് റൊമോമെന്ന് പറഞ്ഞ അതല്ലല്ല അജുലു എന്ന് പറഞ്ഞ എല്ലാ റജുലും എന്ന് പറഞ്ഞാൽ അറു മുഫറല്ലല്ലോ അല്ല ജമ്മല്ലല്ലോ സിജാരുന്ന് ജമ്മല്ലല്ല റൊമോമ വേറെ ജമു വേറെ അത് രണ്ടും ഒരു സാധനത്തിൽ തന്നെ അതിന്റെ അപരാധങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന മൂന്ന് മൂന്ന് പേരി മനുഷ്യൻ എല്ലാ മനുഷ്യനും അരങ്ങമുണ്ടാക്കി നേരെ മറിച്ച് മനുഷ്യൻ എന്നതിനെ കൊണ്ടപ്പോണ്ടാക്കി ജമ്മാക്കി ഉനാസ് ജമ്മാക്കിയാൽ ആ ജമ്പും വേറെ ഒന്നും കയറിയുസാ സാധ്യല്ല എന്നാണ് അപ്പൊ ഏതെങ്കിലും ഒരു പരിധിക്ക് ഒരു കോടിയോ കോടിയോ കോടിയോ വേണ്ടിക്കോ എത്ര അത് തന്നെയാലും അതത് മഹസൂറാണ് മനസ്സാവുന്നു അപ്പൊ അങ്ങനെ അറ്റി നിർത്തുമെങ്കിൽ എല്ലാ പ്രഭു വന്ന് പരിപാടില്ല അതാണ് ചെയ്യില്ല പത്തമ്പാടക്കം ഇവിടെ അഹസൻ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏറ്റവും മെച്ചമായവൻ അപ്പൊ ഇവിടെ രണ്ടിഷ്ട ഒന്നെന്താന്നറിയോ അല്ല മൂന്ന് തപാറക്ക എന്ന് പറഞ്ഞ തപാഹല വാബക്കത്ത് കൊടുക്കാനായി വറക്കത്ത് നിന്ന് കിട്ടിയതാണ് അത് പിന്നെ അത് ആക്കിയ തന്നെ പറയാം അഹമ്മത്തും അഹമ്മത്തെല്ലാം കൂടെ കൂടിയിട്ട് അനുഗ്രഹം ചെയ്ത് കൊടുക്കലാണല്ലോ തബാറക്ക വറക്കത്തിന്റെ മുത്തസിഫാണ് അത്തത്തിനായി അത് തന്നെ ഇതിഷ്ടാലില്ല പിന്നെ അഹസലും അൽഹാലെ പോകണം ഹാലക്ക് എന്നുള്ളത് ഇവിടെ ബോജനാക്കി പറയുമ്പോൾ കൊറേ കളിക്കണ്ട ഹൽക്കേ എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം ഒസ്ലേപ്പാ അപ്പൊ കാലി തെയ്യങ്ങൾ ഇല്ലല്ലോ പിന്നെ കാലു തേയ്യങ്ങളിൽ വെച്ച് ഏറ്റവും അഹസനീ അപ്പൊ അഹസലൊരു മെച്ചം മെച്ചപ്പെട്ടു അല്ലേ അപ്പൊ മെച്ചം കുറഞ്ഞ ആളുകൾ കയറിയുണ്ട് അപ്പൊ രണ്ടു സ്കാരം ഇങ്ങനെ വൈക്കും അസ്സലാം അഹസന്നതമാന്റെ അതീത പ്രകാരം ഹൽക്ക എന്നുള്ളത് ആരോ വസ്തു അള്ളാഹുസാലും മാത്രം പറയുന്ന വസ്തുവാണ് മസദ പറഞ്ഞാൽ തന്നെ മജാത്തു എവിടെങ്കിലും വാരിതായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടി ഓ മജാത്ത ഇനി വാരി അല്ലാത്ത നമ്മളെ മതം പറയാൻ പാടുയില്ല ഇതാണ് ഞാൻ മസാല അപ്പൊ കാലൊക്കെ എന്ന് ജമാക്കുന്ന അവസരത്തിൽ കൊറേ കാലിക്കുണ്ട് എന്ന് വന്നു പരിഷ്ക്കാലി രണ്ടാമത് കാലികങ്ങളിൽ തന്നെ അഹസനായ ആളുകൊണ്ട് അഹസനായ ആളുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ആളുകൊണ്ട് ദശം കുറഞ്ഞ ആളുണ്ടെന്ന് അഹസൻ ഇസ്മുത്ത് അഫ്ലീൽ വന്നത് രണ്ട് പ്രശ്നമില്ലേ അതിന് പറയുന്ന ഇസ്മുത്ത് അഫ്ലീലി ലൈസാല ബാബിലി ഇസ്മുത്ത് അഫ്ലി എന്നത് അതിന്റെ ബാബിനർത്ഥമില്ല അഹസൻ അതാ അന്നാമത്താലഹസൻ തന്നെ അതുകൊണ്ട് അതിന്റെ കീഴ് കടകളാകുന്ന ഹെസ് കുറഞ്ഞ ആളുണ്ടെന്ന് വേവില്ല ഇസ്മുത്ത് അഫ്നീൽ എത്തരത്തിലുള്ളത് അതിന് കീഴിലുണ്ടായിരുന്നു പോലും ഇല്ലോ ഞാൻ ചോദിക്കട്ടപ്പോ ഒരാളുണ്ട് അയാൾക്ക് നല്ലോണം ഇവരുണ്ടതാണ് എല്ലാം ചാഹര്യങ്ങളുണ്ട് കുറെ അതുകൊണ്ട് അയാൾ അയലമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് താഴെ ഇല്ലാത്തുള്ള ഇൽമുണ്ടെങ്കിൽ അതിമാവില്ല ഇസ്മ തഹീലിനെ പറഞ്ഞതുകൊണ്ട് തഹ്മീലിന് താഴെ ഉള്ള അതിന്റെ അവസാഫുണ്ട് സുബുത്ത് ഉണ്ടായിക്കൊള്ളതില്ല ഉണ്ടെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് അതിന്റെ അൗലഭ്യത്തിണ്ടേ ഒരു അച്ഛണ്ടാവില്ല മന്ദൂത്തിന് മഹോമുണ്ടാവും ചർത്തീ അത് മുറാതല്ലാന്ന് അറിയാം പക്ഷെ ചെറുക്കത്താ മുറാതന്നെയാവല്ല അത് മന്തൂപ്പിന്റെ അക്കുമ്പോഴല്ല അജ്മി ഞാൻ പറഞ്ഞില്ലേ മഫോമിന് അത് രക്ഷം വരൂല പിന്ന അതിനെന്താണുള്ളത് ആ ഒരു മേത്തി സുഹൃത്തിൻ ലായറും അനീല പിന്നെ അത് ഹാലിക്കുന്നല്ലേ പറയുന്നത് അത് ലാഹിറായ സൂഹത്ത് നോക്കിയിട്ടാണ് കൽക്ക് എന്ന് പറഞ്ഞത് അപ്പൊ ഈശാലിസ്ലാമിനെ പറ്റി പറഞ്ഞത് അന്യ അസോലക്കുലക്കും തയ്യലി അവിടെ ഉള്ളത് തസ്വീറാണല്ലോ കൽക്കല്ലല്ല കൽക്കും തസ്വീറു അതൊരു മജാസിയായ പറച്ചിലോ ലാഹിറായ സുഹൃത്തിന് എത്തിപ്പാട് ചെയ്തിട്ട് ഹാജീ കലക്കാൻ ഒരു പറച്ചല് ചിലവരും തക്ദീർ അടിസ്ഥാനത്തിലാണ് കാലയ്ക്ക് അങ്ങ് ഉണ്ടാവുക എന്ന തക്തീർ പ്രകാരമാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അവസ്ഥ തന്നെയാണ് ഇല്ല എന്തെങ്കിലും സിഹിമോ ആരിഹത്തൊന്നും ഇല്ലല്ലാവില്ല ഫസദെത്താം ഒന്നിലധികം ആരിഹത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഫസാദ്ണ്ടാകും എന്നല്ല ആ തക്തീർ വന്നത് കൊണ്ട് ഇനി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അഹാലാ ഇങ്ങനെയുള്ള അള്ളാഹുവാണോ എമ്പിമ അമറവനഹ അവൻ കൽപ്പിച്ച കാര്യത്തിലും വിരോധിച്ച കാര്യത്തിലും അവനോട് എതിരി കാട്ടപ്പെടുക എന്നത് അനുയോജ്യമായ കാര്യമാണോ എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം നമ്മുടെ പറയുന്നു അഞ്ച അഞ്ചിയാൻ വയ്ക്കുന്നു അഞ്ചു എതിരാട്ടപ്പെടലി ഇതിലെ അമ്പയിലും നെയിലും ഇങ്ങനെയുള്ള റബിന് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്ത കാര്യത്തിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കലൊരു പെറ്റിയ കാര്യമാണോ എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു നമ്മൾ നമ്മോടെ ചോദിക്കുന്നത് ഇത്രയും മഹത്തായ അക്കാലുകൾ ആഴവക്കാണോ ഉടലെടുത്തിട്ടുള്ളത് ആ റബ്ബ് അല്ലെങ്കിലുള്ള അക്കാലിയ കായിമ തുമ്പിക്ക അത് നിന്നിലെപ്പോഴും നീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ജാഹിരായിട്ടുമുണ്ട് വലാ തീ ആ നീ അത് അറിയുന്നുമില്ല അങ്ങനെയല്ലോ റബിനോട് അവൻ തെൽപ്പിച്ചതും വിരോധിച്ചതുമായ കാര്യത്തിൽ എതിരായി പ്രവർത്തിക്കല്ല എന്നത് പറ്റിയ കാര്യമാണോ എന്ന് നീ അതുകൊണ്ട് പൽവാജിമു അപ്പ എല്ലാം നടത്തൽ ഐക്യഹാമി അല്ലാന്നെയല്ലോ അതുകൊണ്ട് പൽവാജിമുണ്ടെങ്കിൽ അവന്റെ അന്തുകളെ അനുസരിക്കലും അവൻ്റെ നെയ്കളെ വിരോ ഒഴിഞ്ഞു നിൽക്കലുമാണ് നമ്മുടെ വാദി വലാത്തതിക്ക വലാത്തതി നീ ധൈര്യം പ്രകടിപ്പിക്കണ്ട അല മായിപ്പതി രാത്രി കാല എന്റെ കാലിക്കാല് അള്ളാഹില്ലേ അവന്റെ രാത്തിനെ അറിയാൻ പോലെ നീ തയ്യാറാകണ്ട അവസാദിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്തറിയ എന്നത് ഇവിടെ മായാലാണ് കാല കൂടി അറിയാനേ പ്രസ്മാല കൂടി അറിയാനേ തെളിന്ന് പറഞ്ഞല്ലോ എത്ര പേര് നീ ജാഹിലും നിന്റെ നെസ്സിന്റെ താത്തിനെപ്പറ്റി തന്നെ നീന്തായിട്ടുണ്ട് ജാഹിലായിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നല്ലാതെ ഇന്നുള്ള ആ പിന്നെ റബ്ബിന്റെ കാത്തറിയാൻ നീ മരിക്കണം പത്താടി ക്രോപ്പിച്ച പിന്നെ റബിന്റെ താത്തങ്ങനെ നീ അറിയാൻ തയ്യാറാവുക ആദ്യ നെസ്സിലാക്കി നോക്കണം എന്ന് പറഞ്ഞിടത്തു കുറിച്ചു പിന്നെ നോക്കാനെന്താ പറഞ്ഞ ആകാശത്തിലേക്ക് നോക്കാനും മൂന്നിന് കുഞ്ഞ പോക്കാനും താഴോട്ട് നോക്കാനും പറ്റിട്ടുണ്ട് മൂന്നിന് എന്താ പറഞ്ഞത് ആദ്യം എസ് ഒന്നിക്ക് സുമ്മൻ താ പിരി കിടക്കുന്ന സുമ്മ ഇനി അടുത്തു ഇതാ നർത്ത ഇലമായി നീ സമായിലേക്ക് നോക്കിയാലിവിടെ സമാ കൊണ്ട് ഉദ്ദേശം അൽ മുറാബു ആലമുൻ എൽവിയോ ഉന്നതമായ ആലമ കംപ്ലീറ്റ് ചെയ്തു റൂം സമാധാനുദ്ദേശിക്കുന്നു അതെല്ലാം കൂടിയാണ് വൈനൽ അറ നീ അത് കൊച്ചം കൊണ്ടെത്തിക്കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് എന്ന് പറയും അപ്പൊ ആല സുപ്രിയ നട്ടംബിച്ചോളാം വന്ന കവാക്കിബിഹ അതിനുള്ള കൗക്കപ്പുകളെ കൊള്ളയും മേഘങ്ങളെ കൊള്ളയും നോക്ക് ആ മേഘങ്ങളെ അന്നാ തന്നെ തസ്മീതാക്കിയിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ പല രീതിയിലാക്കിയിട്ടുണ്ട് പിന്നെ വലിയ ഈ അതുപോലെ കാറ്റുകളെക്കുറിച്ചും അതിന്റെ മാറി മാറി അടിക്കലുണ്ടല്ലോ കേൾക്കുന്നു പറഞ്ഞോട്ട് പറഞ്ഞു കേൾക്കോട്ട് അങ്ങ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടെല്ലാം അടിക്കലുണ്ടല്ലോ വൈലല്ലായിരുന്നു ഈ ഭൂമിയിലേക്കും അത് അത്താഴോട്ടേ നോക്കാൻ പറഞ്ഞു ആ ഭൂമിയുടെ ഉദ്ദേശം അല്ലാലുസ്തഫിലി വാൻ അതിലുള്ള പുഴകളൊക്കെ ഉള്ള വൈലല്ലായിരുന്നു എന്തിനും ഇടത്ത് കുമ്മ ഇതാ നല്ലവർക്ക് ഇലസമാനും അടത്തുപ്പാണ് പിന്ന വാന്നാലിഹ അതിലുള്ള പുഴകളുണ്ട് നജാലി മരങ്ങളുണ്ട് വാസ്മാലി ആ മരങ്ങളിലാണെങ്കിലോ പഴങ്ങളുണ്ട് ഇങ്ങനെ പലതൊന്നി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലാഭലാപിക്കാ നിന്നേക്കുകയും അത് കൂട്ടിക്ക് പോകും ടക്ക അത് നിന്ന് വിളിച്ചു കൊണ്ടുപോകും നിന്ന് ചേർക്കുകയും ചെയ്യും അവിടത്തേക്ക് അത്ഭുതകരമായ അത്ഭുതത്തിലേക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം അപ്പൊ അത്ഭുതകരമായ അത്ഭുതത്തിലേക്ക് അപ്പൊ അതാബിൻ തീർന്നും വേദനാജനകമായ ശിക്ഷ ശിക്ഷ തന്നെ انها اي مع جنب النجاب انو ربنا الانام من المحارث والاسرار معرفت ليكم اسرار ليكم سركم التي اني لا عذت مسراروا تغلغل القلوب ادي درداين قللانه حالاو ادي محل القلبان وتنذرها قلوب قلاد برقاصي تقويم جيم Yang ും വഹാബുമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതിൽമങ് ഈ ചിന്തയിൽ കൂടി കിട്ടുന്ന ദലീലിന്റെ ഇൽമൈ സ്ഥിതി ബാലിക്കും അതോടൊപ്പം തന്നെ ഫിഗർ സാഫിയായി അതിന്റെ ആദാ പുത്തരീത്തെല്ലാം ബാലിച്ചുകൊണ്ട് പോയാണ് വായിക്കുകയും കണ്ടുണ്ടല്ല അതാണ് ഓപ്പറ പറഞ്ഞത് ഒന്നിക്ക് ദലീൽ കൊണ്ട് തിരിയും എന്നുള്ളത് വെറും മതിയാക്കിയാണ് കിട്ടും എപ്പോൾ കെ പി മാർഗത്തിൽ കൂടി കടന്നാല് ഇയാൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണില്ല നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള റബിനോ കൊത്തുകെടു കാട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തെക്കവേലേക്ക് കിടന്നല്ലേ തക്കുവയിലേക്ക് കടക്കുമ്പോൾ എന്താകും കൽബ് കളിയും ടസ്കീറ്റ് വരും ആകെ മൂന്ന് മാർഗമുള്ളൂ ഒന്ന് തക്കനി മറ്റൊന്ന് നിശ്ചിതിലാല് മറ്റൊന്ന് തസ്കീയെത്തി തസ്കീയത്തിലേക്ക് നോക്കിയിട്ട് ആകുമ്പോഴെന്ന് പറഞ്ഞ തവാന് എന്ന് പറഞ്ഞു ആസ്വദിച്ചറിഞ്ഞാലാണ് പക്ഷെ നോക്ക് നാവ് നോക്ക് അത് മഹസൂസാത്ത തവക്കാണ് നാവിന് മാക്കൂലാകത്തേന്റെ തോക്ക് കൽബിന്റെ ഉള്ളിൽ അല്ലൊരു നാവ് വെച്ചതിന് ശേഷം ഒരു നാവും ആ നാവിനൊരു യുജിക്കാനുള്ള ഒരാത്തും ഓരോന്നല്ല മൂക്കുകൊണ്ട് മണക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ മൂക്കൊണ്ട് കാണാൻ കഴിയൂല ഓരോന്നെട്ട് വെച്ചിട്ടുണ്ടല്ലോ കൽബിലാണെന്റെ തോക്ക് വെച്ചത് ഞാൻ എന്റെ പ്രയോഗിച്ചു കണ്ണോണ്ട് കാണൽ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ലല്ലോ അത് ഇസാഹത്താണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കണ്ണുകൊണ്ട് കാണൽ എന്നുള്ളത് ഒരു കാഴ്ച തന്നെ തൊട്ട് വിഭാഗത്താണ് അപ്പൊ കൽബ് കൊണ്ട് ഇതരാക്കി കിട്ടിയ സാധനം കണ്ണുകൊണ്ട് കണ്ടതുപോലെ വമിച്ച് കണ്ണാൾ കണ്ടതുപോലെ ഉപമി ചിട്ടാ കശബിഹായി കശ്ബി ഹൈക്കു ശേഷം ആ കണ്ണോണ്ട് കാണൽ എന്ന ഇബാർ ഉണ്ടാക്കി കൽബോണ്ട് കാണാൻ ഇസ്തി അർത്തി കശബീഹും തശ്മീഹും പതി പിന്നെ ഇസ്തി ആ കുറഞ്ഞതാണ് അന്നല്ലാണ്ട് ഈ കണ്ണോണ്ട് കാണൽ എന്ന അതിനകത്ത് എല്ലാം ഞാനല്ല ഉദ്ദേശിക്കുന്നത് അതിന്റെ എല്ലാവർക്കും അറിയാലോ ദ്വാരക്കുന്നു അല്ലാഹിക്ക യാണ് ലഹു ഒന്ന് മൂപ്പറക്കു വേണ്ടിയിട്ടും ഒരിൽ മുസ്ലിമീന മറ്റെല്ലാ മുസ്ലിമർക്ക് വേണ്ടിയിട്ടും മൂപ്പർ ദ്വാരക്കയാണിത് ഇവിടെ എന്ന് പറയുമ്പോൾ തോഫിയൊക്കെ ഉണ്ട് ആ തോഫിയ്ക്കെ മാന മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒമാന തക്കത്തമാന തോഫിയ തോഫിക്ക് മാന മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോഫിയൊക്കെ എന്നുള്ളത് അതിൽ മറ്റേ ഇമാമിടയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്പളപ്പെടുത്താൻ എന്താണോ അതിനെല്ലാം നീ നമ്മൾ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഈ കബൂലുകാ കയ്യാനാ നമ്മള് ചെയ്ത അവരമലെന്താണോ അത് അതല്ലാത്ത കബൂലാക്കുകയും അതിന്റെ പ്രതിഫലം നൽകലുമാണ് ദില എന്നത് കൊണ്ടുള്ള അലാസിമായ അർത്ഥം അങ്ങനെ കൊടുക്കുന്നു തിരുപ്പതിലാ എന്തൊക്കെ പറയുന്നത് ഹാരിസിന്റെ കൂടി പറയുന്ന വെസ്ബാണ് കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒളബ് ദിലാണ് ഹാരിസിന്റെ പറഞ്ഞ വെസ്ബാണ് ഹാരിസിന്റെ പറയുന്ന ബസ്ബാൻ എല്ലാവർക്കും ശരിയാകാണ്ടിരിക്കുമ്പോൾ അതിന്റെ രാജ്യം കൊടുക്കണം എന്നല്ലേ അപ്പോൾ ഒരമല് കബൂലാക്കുക അതിന് ബഹുബലം കൊടുക്കുക എന്ന നീ കോടാന്ന് പറഞ്ഞാൽ പിന്നെ തള്ളിയില്ലേ നീ നമ്മളെ മാറ്റി നിർത്തേണമേ നീയല്ലാത്ത എല്ലാ വസ്തുക്കളെ കിട്ടും നീ മാറ്റി നിർത്തണമേ അപ്പൊ പൂർണ്ണമായ വിശാല ചോദിക്കും അപ്പോൾ ആ ശിവ ഉണ്ടല്ലോ ശൈവം ശിവ അതിലേക്ക് നമ്മളെ കണ്ടു വന്ദിക്കുന്നത് നീ ആക്കെല്ലാം അപ്പൊ വന്ധിക്കലാക്കല എന്ന് പറയുമ്പോ വന്ദിച്ചു മാറ്റി നിർത്തി എന്റെ തിരിഞ്ഞോട്ടം ബാക്കിയുണ്ട് അതിനെ കാണാൻ അബുല കാണിത് വല്ല അമൽ തീർത്തന്നെ ഇല്ലേ അതിന് വ്യക്തിപാത്തും വേണ്ട താലൂക്ക് ഇല്ല എന്ന് പറഞ്ഞുള്ള യുദ്ധത്തില്ല എന്ന് വരില്ല താലൂക്കും യുത്തിപ്പാത്തും തമ്മിൽ എന്ത് വന്നിട്ടുണ്ട് താല്ലുക്ക് അഹസ് അല്ലേ താലൂക്കുള്ള സ്ഥലത്തെല്ലാം മിത്തിപ്പാത്തുണ്ടാവും പാത്തുണ്ട് താലൂക്ക് അപ്പോ ആകെ മുട്ടാലക്കത്താക്കണ്ടെന്ന് പറഞ്ഞു അതിനാൽക്കാണ് അബല കാണും ഒന്നൂമ്പിനെ നിശ്ചയിച്ചു വ്യക്തിപ്പാത്തും വേണ്ട പിന്നെ വണ്ട് കുറുമന നിൽവിനെ നിറക്കണമേ മിൻഹിക്കാൻ നിന്റെ ഹൊിനാൽ നിറക്കണമേ അതാ മൂപ്പൊരു ചോദിച്ചു തലബൽ മഹബത്താ മഹബത്തിനെ മൂപ്പൊരു ചോദിച്ചത് അവതീയത്തി കാലാകാലം നിലനിൽക്കുന്ന സഹായത്തിന്റെ ഒട്ടാക അടിസ്ഥാനം അവര് ആ മഹമ്പത്തുപോലെ വിസാലിന്റെ ഒട്ടാക ലാശത്തെ കട്ട് മഹമ്പത്തുമ്പേക്കാണ് എത്തിച്ചേരുകയും ചെയ്തു നമ്മുടെ സുലൂക്കിന്റെ ലാശത്തേക്ക് ആ ഹത്താ വഹിമ്പകവും എല്ലാം പറഞ്ഞു കൊലായ സാനോധി ഹത്താ വഹിമ്പവും മഹമ്പത്തിലേക്ക് എത്തിച്ചേരും അപ്പ അടിത്തറയിലേക്ക് അവർ നങ്കോട്ടാൻ വാക്കി പിന്നെ വഹബ്ബർ വസു ഹബ്ബിലേക്കും കൊണ്ടും ഇറക്കപ്പെടണമേ അത് ആ കൂട്ടത്തിൽ എന്താക്കണം വറബിഐക്കൽ മുബീൻ എന്ന് കൂട്ടിക്കൊള്ളണം കാരണം അത് കണ്ടി തന്നെയാണല്ലോ പിന്നെ വാതുക്കിനാ നീ നമ്മൾക്ക് ആസ്വദിപ്പിക്കണമേ ലി വസു അത് അതിന്റെ അർത്ഥം എന്താ അയൽ മുത്തറത്തി അലൻ മഹബത്തി മഹബത്തിന്റെ മേൽ തറുത്തുപാണേത് ഈ ലബ്ദത്തിൽ ശേഷം രണ്ടാം പിന്നെ അത് ഞാൻ മിംപയതി പതിലിക്കാം അതെല്ലാം നിന്റെ പതിലിന്റെ ഉറവത്തിൽ ഇത് വരട്ടെ എന്തല്ലാതെ നമ്മളത്തെവിടെ അവകാശപ്പെടാൻ ചോദിക്കാൻ മാത്രം കോളൊന്നുമില്ല ബഹതുലി ഐദീന നീ നമ്മുടെ കൈ പിടിക്കണം എന്ന് പറഞ്ഞാലുണ്ടായി നമ്മുടെ രക്ഷപ്പെടുത്തണം എന്ന വയനാക്കായി ഇൻ സലല്ല നമ്മൾ വല്ല ജല്ലത്തിൽ മുമ്പോട്ട് പോയെങ്കിൽ വീണ് പോകാണ്ട് കൈ പിടിക്കണേ ജല്ലാന്ന് പറഞ്ഞാൽ കാല് വേടിയിട്ട് പണ്ട് വന്നിട്ടുണ്ട് സല്ലാന്ന് സാധാരണ പറഞ്ഞാൽ കാലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കാല് എഴുതിയിട്ട് പോയല്ലെന്ന് ജല്ലാന്ന് വീഴുന്നു മുമ്പ് ഈ സലയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എന്താ ഇസ്റ്റുകാമത്തിന്റെ പദവിയിൽ നിന്ന് കാല് വേദി പോകുമ്പോ നിങ്ങൾ ഒരു പുട്ടം എന്നുവെച്ചാൽ അതിന്ന് സലാമത്താക്കാന്ന് എന്താ ലിയന്നൽ മൊഹിബൻ മഹബോമ മഹപൂർവ്വ ദമ്പി എന്നൊരു കായികമുണ്ട് മഹീബും മഹബൂബും ആയിക്കഴിഞ്ഞാൽ പിന്നെ ദമ്പ് വന്നാൽ മഹപ്പൂർ ആയിക്കും ദമ്പ് ഇല്ലാതല്ല എന്ന് ദമ്പ് കാണുക അല്ല മഹപ്പൂർ ആകെ എന്റെ സ്വഭാവമാണ് പിന്നെ നമ്മുടെ വക്കലിനെ കുറെ സയ്യാദ്ണ്ടായിട്ടുണ്ട് ആ സഹ്യാത്തിനെ നീ ആക്കേണ്ടത് എങ്ങനെയാണോ നീ ആരെയാണോ അഹബത്ത് വെച്ചത് അവർക്കുള്ള സഹ്യാത്ത് പോലെയാക്കണം അതാക്കും മഹഫൂറാക്കിയിട്ട് അതിന് പകരം ഹസനാത്തിനെക്കുറിച്ച് മുലായിക്കോ ഇമ്പതിലുള്ള സഹ്യാത്തിൻ ഹസനാത്തിന്ന് പറഞ്ഞില്ലേ അപ്പോ ചോദ്യത്തിന്റെ ഹാജരത്തേക്ക് എത്തി നമ്മളെ സയ്യാത്ത് മഹഫൂറാക്കിയിട്ട് പകരം ഹസനാത്തിന് നൽകണമെന്ന് വന്ന സ്ഥാനത്തേക്ക് നീ നമ്മൾക്ക് മാപ്പ് നൽകണം സിച്ച് ഒഴിവാക്കിത്തരണം ഇന്ന ഹസഹിന നമ്മൾ ഹസഹിലാകെ തൊട്ടുപോയാൽ ജവാതു കടുപ്പുള്ളതാവും അവിടെ ഉള്ളത് അപ്പൊക്കെല്ലാം അല്ലെ അപ്പൊ പറഞ്ഞോണ്ട് നോക്കുമ്പോ സിബത്ത് സിബത്ത് എങ്ങനെ അതിനു അയനുദാത്താന്ന് ദാത്തിനെങ്ങനെ സിബത്താക്ക അനുദാത്താണെന്നാണ് ഞാൻ മുട്ടമ്പതാക്കി നെഗ് ഗുജൂത് എണ്ണണ്ട സിബത്തിൽ അണ്ണണ്ട എന്താക്കണം ഒന്ന് ദാത്ത് രണ്ട് ദാത്തിനോട് പറയാ സിഫാത്ത് എന്നല്ല അണ്ണണ്ടി ദാത്താണ് സിപത്തല്ലാതെ പറയുകയും ചെയ്യ പിന്ന സിബത്തു നബ്സിയാണെന്ന് സിഫത്താണെന്ന് പേര് പറയുകയും ചെയ്യാം ഈ പരിപാടിക്ക് എന്തെയാണ് നിൽക്കുന്നത് ആക്കുന്നത് അപ്പൊ സിഫത്തായങ്ങനെയെന്നും അത് നബ്സിയായ സിബത്തായതെങ്കിലും രണ്ടു വധുന്നവരാണോ താത്താണെന്നുള്ള വകുപ്പിലാണ് അപ്പുറം വഴത്തുമതാക്കിയത് അനുദാത്ത കൊല്ലി ശൈ എങ്ങനെയാന്നാണ് പറഞ്ഞത് അപ്പൊ ലഫ്സിയായാലങ്ങനെയാണ് സിഫത്വ എന്തുകൊണ്ട് രണ്ട് വധിങ്ങുന്നവരാണ് നമുക്ക് നോക്കാം ഈ പറയപ്പെട്ട സിഫത്തിന് ഈ പറയപ്പെട്ട സിഫത്തിന് ഐ സിഫത് ഉൽ എന്ന സിഫത്തിന് തുസമ്മ പേരുണ്ട് സിഫത്ത് എന്നാണ് പേര് അപ്പൊ രണ്ട് ന്യായം പറയണം ഒന്ന് സിഫത്ത് എന്ന് പറഞ്ഞ ഞായനാത്ത പറഞ്ഞ അവസ്ഥക്ക് നഫ്സിയെന്ന് പറയുന്ന വജു എന്താണ് അല്ലേ അതിൻ്റെ നഫ്സി അത് നഫ്സിലേക്കാണ് അതിനബ ചേച്ചത് അല്ല നഫ്സിയ നഫ്സു എന്ന് പറഞ്ഞാൽ എന്താ ഐത്തിലേക്ക് മൻസൂബായ സിബത്ത് അല്ലെ അവനെല്ലാ സിബത്തും അല്ലേ മൻസൂബ് ബാക്കി കൊതുരത്തും ഇറാതത്വം ഇൽമയാത്ത എല്ലാത്തേക്കാണ് മൻസൂബ് രാത്തിലേക്കന്നല്ലേ ദാത്ത കാതുരത്തുനല്ലേ പറയുന്നത് ആരും ഇബത്തു നിന്നല്ലേ പറയുന്നത് അപ്പൊ താത്തൊന്നും അപ്പോ ഇരിഞ്ഞു മാത്രം അപ്പൊ അതിന് ഒരു തെബുവീര് കൊടുക്കണം എന്താ തീര് ഈ വജൂതിന്റെ അർത്ഥം വെച്ചു നോക്കിയാൽ താറ്റല്ലാത്ത ബോറം തന്നെ മധുരൂരിൽ ഇല്ല പുതുർത്താന്ന അവസ്ഥ ദാത്തിന്റെ പുറമെ പുതുറത്തി എന്ന ഒരു ശിവത്തിന്റെ മേൽ ദലാലത്തുണ്ട് അങ്ങനത്തെ ദലാലത്ത് ഇവിടെ ഇല്ല എന്നർത്ഥം ഒറ്റ ദലാലത്തേ ഉള്ളൂ അത് ദാത്ത മാത്രം കുതിരത്ത് എന്ന് പറയുന്ന അവസരത്തിൽ ഒരു റാത്തുമ്പോൾ ഉൽത്തിസാമിയാകാലത്ത് ഉണ്ടാവും കാരണം കുതിരത്ത് കൊന്തം നിൽക്കൂലല്ല അതിന്റെ മധുരന്റെ കൂടെ ആ റാത്ത് കുതിരത്ത് നിലനിൽക്കുന്ന ഒരു നാത്തിൽ ആദ്യമേമിയ ചൂര് പണ്ട് തലാഴ്ച വന്നിട്ടുണ്ട് അവമൂലി ഉൽത്തിസാമിയുണ്ടെന്നൊക്കെ അങ്ങനെ അവർത്തില്ല ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞേ ഇവിടെ അത് ഉണ്ടാവൂല റാത്ത അല്ലാത്ത പോകുന്ന മുല അറിയിക്കൂല അങ്ങിനെയാണ് നെഫ്സിയായ നെഫ്സിലേക്കുള്ള പേര് വന്നത് അതാ െന്ന് പറഞ്ഞാൽ എന്താന്നറിയോ അല്ലാത്ത കണ്ട് രാത് തന്നെ ആക്കൂലല്ലർത്ഥത്തിനാണി പറയുന്നു മറ്റുള്ള സിഫനല്ല ആ സിഫത്തില്ലാതെ കണ്ട് റാത്തും അതില്ലാത്ത രാത് സങ്കല്പിച്ചാൽ മതിയല്ലോ അപ്പൊ മുജൂദ് ഇല്ലാത്തൊരു റാത്ത് സങ്കല്പിക്കാൻ സാധിക്കൂലെന്നർത്ഥത്തിനാണ് നമുക്ക് أبا نفسيا صفاتنا على واحد وكأنه أعلم أن الصفات منهيثه هي صفات صفاتا يبغط القول ماترم لقن منقسمة إلى ربات أقصامنا على أقصام لك هذا لقن صفات التي تعلق لسانة البرد اللوهي وكأنه സിഫാത്തിന്റെ താലിലൊക്കെ ഉണ്ടല്ലോ തക്സീസിന്റെ താലിലൊക്കെ ഭയാനെ കാലിലേക്ക് എങ്കിഷാഫിന്റെ താലിലുക്ക് പിന്നെ പിന്നെ തൗസീലിന്റെ താലിലൊക്കെ അങ്ങനെ പല തക്സീമോ ഒക്കെ ഉണ്ട് ആ നിലക്കല്ല വെറും സിഫാത്ത് മാത്രം പിന്നെ ഹുസിഫത്തും നാല് കിസ്മൻ ലാ സിദാല അതിനാക്കാളും അഞ്ചാമത്തോലീനം കണ്ടിട്ടില്ല അതേ ഉള്ളു ഒന്നുണ്ട ഒന്ന് ലഫ്സീയ രണ്ട് സെൽബിയ മൂന്ന് മഹാലിയ നാല് മാലവിയ അഞ്ചാമത്തോ ലീനമില്ല ഈ നാലെണ്ണത്തിൽ മുന്നസ്സരാവാൻ വജുഹന്താ സിഫത ഒരു സിഫത്ത് ആരും നോക്കേണ്ടത് ആദ്യം രണ്ട് കിസ്മാക്കും ഇമ്മ കിട്ടും മന്ദിജീമാർന്നറിയില്ല ആദ്യ അസ് രണ്ട് കിസ്മാക്കാം രണ്ട് കിസ്മയിൽപ്പെട്ട് ഏതെങ്കിലും സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓരോന്ന് നോക്കി നോക്കുക ആരും നോക്കാം രണ്ടോ ഇമ്മാക്കോലെ മദുലൂല ഈ സിഫത്ത് ഒരു മതിലൂലുണ്ടാവും ഒരു ഇതൊരു തല്ലാന്നു മതിരൂല് മതിലൊരിൽ അതുമുണ്ടോ ഇല്ലയോ നോക്കി അതുമുണ്ട് അല്ലെങ്കിൽ അതുമില്ല രണ്ടാമെന്ന് പറയാം അതുമുണ്ടോ അതും ഉണ്ട് നോക്കിയാണെങ്കിൽ സെൽഫി ഞങ്ങളുടെ വാങ്ങിക്കിടന്ന് തോന്നും ഏതുവാക്കിയുണ്ട് അതും ഇല്ല എന്നുള്ള കിസുമുടുക്കണം അതുമില്ല എന്നുള്ള കിസ്മുടുക്കതാ ഔല എന്ന് പറഞ്ഞത് അ ലവലു അതുമുണ്ട് നോക്കിയാണെങ്കിൽ അ സെൽഫി കിസ്മട വന്നു ഏത് ബാക്കിയുണ്ട് ഔലഅന്റെ കിസുമടുക്കണം അതുമില്ല വസ്താനി അതുമില്ല എന്ന് പറഞ്ഞാൽ മോജൂദാണോ മോജൂദല്ലെന്ന് അവൻ ചോദിക്കും മോജൂദാണോ സുബൂജാണോ ചോദിക്കും അതാ പത്താം തീയതി നന്ദിണ്ടാ ഏത് അതുമില്ലാത്തത് അതുമില്ലാന്ന് പറഞ്ഞ ഇമ്മാ മോജൂദത്തിൻ അവല ഒന്നെങ്കിൽ മോജൂദാകാം അല്ലെങ്കിൽ മോജൂദല്ലാത്തതാകാം മോജൂദ് അല്ലാന്ന് പറഞ്ഞത് കൊണ്ട് അതുമുണ്ട് തീരുവല്ലാ എന്തെങ്കിലും ഒന്നാശങ്കിലേക്ക് മടങ്ങി വരണ്ടാ മോജൂദിന്റെയും അതിമിന്റെ അടിയിലെ ഹാലന്റിയുടെ ആ അതുകൊണ്ടാണ് ഔല എന്ന് പറയുമ്പോ ആദമ അരബിലേക്ക് മടങ്ങി ഒത്തിയക്കണ്ട അല്ലു അല്ലേ മോജൂദാത്ത് അൽ മഹാനി അതിനാ മഹാനി അസിബത്ത് എന്ന് പറയുന്നത് അത്താനി ഏത് രണ്ടാമത്തെ മോജൂദത്തു ഔല രണ്ടാം നിസ്മന്ത് അത് ഇമ്മാ അൽഹാലി അതിന്റെ ദരാലത്ത് നസുദാത്തിന്റെ മേലിലാണോ എല്ലാ ദൂനമാനൻ സാഹിതി നിലയ വേറെ മാനി ഇല്ലാതകളുണ്ട് ഏത് മോജൂദല്ലാത്ത സാധനം മോജൂദല്ലാത്ത സാധനത്തിന്റെ ഈ ദലാലത്ത് നക്സുദാത്തിന്റെ മേലിലാണോ അതായത് ആത്തിനാക്കാണ് കവിഞ്ഞ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് നക്സുദാത്താണ് നക്സിയായിട്ട് മാറി നക്സുദാറ്റ് അല്ലാത്ത മറ്റൊരു മാനിന്റെ മേലിലാണോ എന്ന മാനവി കാത് എന്ന് പറയുന്ന ആസരതെന്നുണ്ടാ ഈ ഒരു കുതിരത്തിന്റെ മേലെ ആ കുതിരത്ത് കൊണ്ട് ദാത്ത് മുത്തസീഫാണെന്ന മറ്റൊരു ദലാലത്ത് തിരിച്ചു ദാമീച്ചു അനുദാത്തല്ല അതാ இம்மா யதுல்லன வஸ்பிஹா ஆ சிபத்து கொண்டல வஸ்ப அரஹيكم அனா நஃப்ஸு தத்திமல்லானோ தூன மான் ஸாயிதின் அலைஹா சிபத்தினா காண எ அனா ராத்தினா காண ஸாயிதாயே உன்ன அரீபில்ல ஆவுல எல மிதெல்ல அல்லல்லு இதி நஃப்ஸு தத்தின் மெல் மாத்திரம் அரீக்கியானெங்கில் அன் நஃப்ஸீயை സ്ഥാനീയത നസുദത്തിനേക്കാളാണ് സായിയായ ഒരു മാനന്റെ വല്ല അറിയിക്കാണ് മാലവിയായി കാരണം കാതിൽ എന്നാ പുറത്തിനെ വല്ല അറിയിക്കുന്നു അപ്പൊ റസ്മലുമായി അപ്പൊ ഇങ്ങനെയോക്കുന്നു ആദ്യം അരുമാകാം അല്ലെങ്കിൽ അതുമല്ല എല്ലാ എന്നറിഞ്ഞു മോജൂദാകാം ഒരു ലക്ഷ്മി പ്രി മൗലൂദ് അല്ല എന്ന് പറയുമ്പോ നസന്താസിനെക്കാളും അറിയിക്കുന്നുണ്ടോ എല്ലാം മാനന്ത അറിയിക്കുന്നുണ്ടോ ആണെങ്കിൽ നക്സിയായി മറ്റേ മഹാന ഇതുണ്ടല്ല ഈ നക്സിയാസി പറ്റുന്നത് സുബൂതീയത്താണ് അപ്പൊ ഏതല്ല സെൽബിയത്വല്ല മനാനീയത്വല്ല ആകത മൂന്നായി വരും സെൽബിയത്ത് സുബൂതീത് ഇത് സുബൂതിയത്തിലെ ഈ സിബത്ത് കൊണ്ടുള്ളത് അല നഫ്സിൻ അലിഹാ ദാത്തിനാ കാണി ഒന്നും അതല്ലേ ഇതൊരു താരീഫ നഫ്സിയാസിന്റെ താരീഫ അതാ പറയുന്നത് ീഫോർ മന്ത് വേണം ഒരു ജെൻസും പറയണം ഒരു ഫലും പറയണം നോക്ക് അപ്പൊ സിഫത്വം സമൂഹീയത്വം എന്നുള്ളതാണ് ജെൻസ് ബസ്സുമി ആരാഫ്സിനമാന സാഹിത്യ ഫസ്റ്റല് വന്നു ജെൻസും ഫസലൊക്കെ എല്ലാം മന്ത് ചോദിക്കഴിഞ്ഞു ഞാനൊന്നും ആവർത്തിക്കില്ല സിഫത്വം സമൂഹതീയത്വം എന്ന് പറയുമ്പോ എന്തെല്ലാം വന്ന് മാനിയ മാനവിയാ സിപാത് കംപ്ലീറ്റ് വന്നിട്ടുണ്ടെ മാനവീയ സിഫാത് ദേശം വന്നു കൗലഭോ കാദിനും കോലഹോമോദീനും കോനേഴ് സിബാത്ത വന്നിട്ടുണ്ട് അപ്പൊ ഏഴിനിയും പിടിച്ച് നഫ്സിയാക്കാൻ പറ്റൂലല്ലോ അതിനാണ് എന്റെ പേരോട് കൂടെ പോയി കൗലഹോ കാദന കോമീനം ഇതെല്ലാം കൗരമലിക്കുമ്പോൾ ആത്തിനാക്കാണ് ജാതിയായ പൊതുറത്തിന്റെയും ഇറാദത്തിനെയും ബസന്റെ മേലെല്ലാം കൗരമ്പലാത അറിയിക്കുന്നത് മുകളില അപ്പൊ ബാക്കി ആ ഏഴ് സിഫാർസം പുറത്തു പോകാനാണെന്നുള്ള കൈതാണേത് യദുലിഹ അല്ല നഫീൽമാനൻ സാഹിദൻ പറഞ്ഞാൽ തന്നെ കൈതായി പുറത്തു പോകാനുള്ള കൈതായി അപ്പൊ ധൂനമാനൻ സായുദ്ൻ അലിഹ എന്ന് തിരിഞ്ഞു മാത്രം ആനന്ദുദ്ൻ അലിഹ പ്രത്യേകം കൈതല്ല മറ്റേ കൈദിനെ അപ്പോ അൽ ഹാനും ഇൻസാൻ പറഞ്ഞാൽ മുതലിക്കുല്ലോമെന്ന് പറഞ്ഞത് എല്ലാം കണ്ടുപിടിക്കുന്ന അറിവ് നാസിക്കാതില്ലേ അത് എന്താ പറഞ്ഞതിന്റെ രാജ്യമെന്നാണേ മറ്റൊരു വാരി ഇല്ലാതെ അല്ലെ ആ അപ്പോ അത് അതിൽ കടക്കും സിഫത്വൻ എന്ന് മാത്രം പറയുമ്പോ എല്ലാ ജിബാത്തും കടന്നു അല്ല സെൽബിയും കടന്നിട്ടുണ്ട് മുജൂതിയും കടന്നിട്ടുണ്ട് മാനിയും മാനവിയും എല്ലാം കടന്നിട്ടുണ്ടായിരിക്കും എന്ന കൈതോടുകൂടി പോയിണ്ടാ സുബോ തീയത്തു ഏതെല്ലാം പോയി സെൽഫിയും പോയി മുജൂതിയത്തും പോയി അപ്പൊ സുബൂതീയത് എല്ലാം ബാക്കി വന്നു എട്ടെണ്ണം കോന്ന മവിയായ ഏഴും ഗുരുതും വന്നിട്ടുണ്ട് ആ പെട്ടെന്ന് യെദുലൻ നസ്മീരാ എന്ന കയ്യിലോട് കൂടി ഏഴണമെങ്കിലും അവൻസിയ മാത്രം ബാക്കി അവ മൂന്നര കയ്യിലാണ് സിഫത് എന്ന് പറഞ്ഞാ സിഫത്വങ്ങളൊന്നും തീയത്ത് ഒരു കയ്യില് യദുലൻ പിന്നീഹ ആരാ നസി എന്ന് പറഞ്ഞ അത് ബാക്കി ഏഹ് ഹാജരാക്കൻ വേണ്ടിയിട്ടാണ് ഈ സുബൂത്തിന് വീരോ എന്നെങ്ങനെയെന്നാ അത് സുബൂത്തിലേക്കുള്ള നിസ്ബിയാണ് ഈ സുബൂത്ത് എന്നുള്ള സാധനം പോലും ബുധു തന്നെ സെൽബിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥ അയാന സ്ഥാപിച്ച അയ്യാന കാരുചാന്ന് പറയുന്നില്ലേ ഒരു സംഗതി ചെയ്യണമെന്നല്ലോ തീരുമാനിച്ചാടെ മനസ്സിലേക്ക് പറപിത്തായി കാറിൽ മോജൂതായ കാരുചിയും ഒരു സംഗതി ചെയ്യാനൊക്കെ തീരുമാനിച്ച് നീയത്തിലെല്ലാം കുറവാണ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ എത്തി പറണ്ടല്ലോ നമ്മൾ നോമ്പിട്ടില്ല നമ്മളാം മാസം നാളെ മാസം കണ്ടെങ്കിൽ ഇന്ന് അത്തായും വേച്ച് നോമ്പൊക്കെ തയ്യാറായാലേ നോമ്പ സാഹചര്യമില്ലെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടല്ലോ അതല്ലേ അതാ തുക സ്ഥാപിത സ്ഥാപിതാണ് അപ്പൊ മൻവിയായ കാര്യം പോലെ സിഫാ ഭാരതപിതാരി ഇത് കൊണ്ടെന്ത് പോയി ആ സിഫാത്ത് സെൽബിയെല്ലാം പുറത്തു പോയിട്ടുണ്ട് അത് നിഹിനു ഇതുണ്ടാവൂല ലഹുദിനു മാത്രേ ഉണ്ടാവുള്ളൂ പോയി സെൽബിയൊക്കെ ലഹുദ് ലഹുദ്ര പറച്ചലൊക്കെ അത് പറഞ്ഞിട്ട് എത്ര ഉരുത് ഉണ്ടാവും ഉരൂതിന് ഭാരതിലും ഉണ്ട് നിഹിനിലുണ്ട് ലഹുദിലുമുണ്ട് ചിലതിന് രണ്ടേ ഉണ്ടാവും ചിലതിന് ഒന്നേ ഉണ്ടാവുന്നു യു വസ്തുഹ ആ സിഫത്ത് കൊണ്ടുള്ള വസ്തുവിനോടെ പറഞ്ഞു അല്ലേ ഏതാ സിബത്ത് ബുജൂദ് അതില് ബുജൂദ് കൊണ്ട് ഉസ്ഫലുണ്ട ബുജൂദിൽ ചെയ്യപ്പെട്ട മൗജൂദ് എന്നല്ല ഇസ്മു അഫ്വലേ ഉസ്ഫാക്ക് അലി അല്ലെങ്കിൽ അള്ളാഹു മൗജൂദ് മൗജൂദ് അതിൽ നിഷ്തി ചെയ്യപ്പെട്ട ഇസ്മു അഫ്വല ബുജൂ നേർക്ക് നേരെ അള്ളാഹു വുജൂദ് എന്ന് പറയാറില്ലല്ലോ ആ അതാണ് ആ ഈ ബിൽ മുഷ്തഖ് ബിൻ ആ લામહી અનલાનું વજુદ એના સિફત કોണ്ട് ಅಲ್ಲ અલ્લાહ તઆલા કોસ્ફરીય વજુદ ની પડિકപ്പെട്ട મોજુદ એના વસ્તુ એને ગઈધરે ઇલ્મ કોണ്ട് વસ્ફ કરെന്നുના આલીમ એના વસ્ફ નല്ല બોલી એલોണ്ട് અલી આદમી સિહતી દારીકા આ હમલ સહીયા ઉલા અલ્લાહુ દા વનકુર અલ્લાહુ મોજુદ ના બોરીલે વલા યસીહુ અનકુર અલ્લાહુ વજુદુલ એને મેરકનેરે બોરીલല്ലോ અબંണ്ടാકુ અદ હમલી અબલી એલા નુ બોરી ആണോ അള്ളാഹുൻ എന്നാൻ കൂട്ടിക്കൊടുക്കേണ്ടി വരും അല്ലെ അബ്ലിയായ അംലു പറഞ്ഞ നേരെ അംജാക്ക് അതല്ലേ അപ്പൊ അലിയാന്ന് നഫ്സുദാത്തിന്റെ ആവർത്തനായി മാറി وقع رجبه اي કયદുകൊണ്ട് bortu poide al maani mahariye ellam bortu poi kudratu iralathu kondu final wasfih adu kondulla vasu edullana maanan zaidil al dhaf sathina kana zaidiyai or manen vela arikkiledu wa quluhu doon maanil zaidil enathu kharajabihin maaniliyatum bortu poi kandaa ellathu parannu vannathu فإنها ، وفي الحقيقتي في سلقة دون معاناً زائد إنه اللي قرته قيداً لآلنا على نفس الظاعت ونننجم ونننجم وننجم على آورتنا وفي الحقيقتي قاردا بكوريه على نفس الظاعت أنه واقع صدفه المعاني والمعنم ينجم احطفه لأن كل منهم معاني آيال الشريف معنو آيال الشريف لا يدل الواسف به عدو من الله وصور إلى ريكول على نفس الظاعتنه لرحب ഉസോത്തിന്റെ ഏതാത് ഔസാബിന്റെ മുകളിൽ അറിയിക്കുന്നത് ദാസനാ കാണാൻ സായി ചില മാനിന്റെ അറിയിക്കുന്നത് മുകളല്ല അലൈഹാ അലൈഹ എന്ന ദാസിന്റെ മേലിൽ ഈ പ്രയപ്പെട്ട രണ്ടിനും ഏത് മഹാനിക്കും മാനവിക്കും ദലാലത്തില്ലാതെ ഏത് ദലത്തില്ലാതെ മുതാപത്തിയില്ലാന്നേ വരുള്ളൂ എസ്സാമിന്റെ പോലെ ആ അത് മനസ്സിലാക്കണം ദലാലത്ത് തീരെ ഇല്ലാന്നല്ല അല്ലെങ്കിൽ പിന്നെ ദാബില്ല എൽഫിസാമി വളർ നിൽക്കാനല്ല ഒരാൾ നിൽക്കിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കുമ്പോൾ അതുകൊണ്ട് എന്ന് അറിയിക്കുന്നത് എന്തുകൊണ്ടാണ് എൽഫിസാമിയാണ് സെറായി എൽഫിസാമിയാണ് അല്ല എനിക്ക് നിൽക്കാറില്ലല്ലോ എന്റെ പറഞ്ഞ മാറി ദാത്തമ്മല അറിയിക്കുക ഏത് നിലക്കാണ് ഈ സിഫാത്ത് നിൽക്കണം വേണ്ടി നാത്തില്ലാണ്ടെങ്കിലൊക്കെ കൊന്തം നിക്കല് എന്തെല്ലാം നിലക്കുള്ള അറിയിപ്പം അപ്പം ഏതില്ല മുതാബക്കോ തലമ്പതി ആരാകത്തില്ലാന്ന് അർത്ഥുള്ളൂ എൽഫിസാമി ഇല്ലാന്ന് അർത്ഥം വരൂലീ മദ്യകെല്ലാം കൂട്ടി അർത്ഥം കളിനി ായ മെ പക്ഷെന്താ മഹാനി മാനമിൻ തമ്മിൽ വ്യത്യാസം എന്താന്ന് മഹാനി ഭജൂതി ആയിരിക്കും മാനവീയ സ്വബൂത്തി ആയിരിക്കുന്ന വ്യത്യാസേ ഉള്ളു തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ മാനസായി കാണായ ആ മദുലൂലായ മാനുണ്ടല്ലോ അത് മഹാനിയായിരിക്കുമെന്നും അഫിൽ മാനവീയത്തിൽ കുബൂതി ആയിരിക്കുമെന്ന് വ്യത്യാസമുള്ളതോന്നു ശരി അപ്പൊ ഇതായി തങ്ങാരിക്കാം ഇതെന്ന് ശരിക്കും മനസ്സിലാക്കിയല്ലോ അങ്ങനെ വരുമ്പോൾ മുസന്നിഖ് തങ്ങളുടെ കൗരിദിൻ അലേഹ എന്നെ ദൂരം സായിഹരമല്ലേ ആ വേണം എന്ന വാക്ക് മുസ്തൻ അത് അധികപ്പെട്ടാണ് കൈതോടൊന്നും ഓർത്തുവാറില്ലാത്തോടെ പാശേഷം പിന്നെ മഹന സാഹിദിന പായലയില്ല അല്ലേ പായകയില്ലാത്ത പറഞ്ഞു മുത്തച്ഛറായ മിസ്സിന്റെ പാകയില്ലാത്ത പറഞ്ഞാൽ ശരിയാവൂലോന്ന് ഏറ്ററാണല്ലോ എണ്ണം കണ്ട അതിനുശേഷം അടവ് പാലിക്കാം ഇല്ല അഞ്ഞുക്കാല അത് എതിരാറാണ് നൂറ് പറഞ്ഞേ എന്താന്ന് അഞ്ഞുക്കാല നമുക്ക് പറയാം അതാബിഖർ അള്ളത് കൊണ്ടുവന്നതിൽ കാര്യം നല്ല വെച്ചിട്ട് പറഞ്ഞിരുന്നു ആ നമ്മ മൊത്തം ചെറുതും നിലവിലിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണ് അത് ഏറ്റുതാറാം നല്ല വളരെ ഒത്തുപോകുന്നു എന്റെ പുതിയൊരു വലിപ്പം താരിഫാണെന്ന് മൊത്തത്തിൽ നഫ്സിയാസിമത്തിന്റെ മൊത്തം താരിഫാണ് ഇയല്ല നഫ്സിയാജിബത്തിന്റെ നഫ്സിയാസിബത്ത് ഒന്നേ ഉള്ളൂ നബ്സി വേറെ ഉണ്ടെങ്കിലും സാധിക്കാവൂല്ലോ അവിടെ നസിയാജിബത്ത് വേറെ അവിടെ സാധിക്കാവില്ല അല്ല ഈ വജ്യൂതി എന്നെ താരീഫ് പറയുന്നു ഇളാഹിനെ പറഞ്ഞു ഇനി വേറെ താരീഫ അറിയാൻ പോകുന്നു عندها هلا <تصفيق> متى ما يقال ايضا انه متى هذه صوره ايا كان الواجب للذات ما دامت الذات غير معلله من عله تمام تغير المقال قلنا اذا ما تتمت قال الواجب للذات ما دامت الذات على كون تلك الحاله غير معلله من عله تمام قال ان الواجب للذات ما دامت الذات ഇതാ നമ്മളെ വധിക്കില്ല മാതാമ കൊണ്ട് ചെയ്തു കൊടുക്കും മറ്റേതുകൊണ്ട് മില്ല തോത്തൊണ്ട് ചെയ്തു കൊടുക്കും മിദ് വാങ്ങുകൊണ്ട് ചെയ്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഇവിടെ മാതാമ കൊടുത്തട മഴ കൂടെ ഇൻസാനോ ഭഗവാനിക്കും അപ്പൊ മാതാമ ഇൻസാനൻ മിസാനെന്നോളം ഒരിവില്ലല്ലോ ഇത് ഈ നാത്തിന്റെ ഒരിവിത്തിന്റെ ലവാമനുസരിച്ചേ ഉള്ളൂ മകാമ്മ പറയുമ്പോ മുത്തലൊക്കെ എല്ലാം തോന്നുന്നു അതെ അതിൽ ഹി അൽ ഹാരു അത് ഹാലാണ് ഏത്യാവശി ഹാലെന്ന് പറയുന്നു ഹാലെന്ന് പറയുമ്പോൾ എന്താകും വാജിപ്തി അതല്ലേ ആ എങ്ങനത്തെ ഹാലാണ് അൽ വാജിപതുലിതാ ദാത്തിന്റെ വാജിപത്തായത് അപ്പൊ താത്തിന് ഒരിക്കലും ഒഴിഞ്ഞു പോകൂലത്തോളം മാതാമത്തെ ദാസ് എത്രയാണോ നിലത്തുന്ന അത്ര കാലത്തോളം ഉണ്ടാവും അപ്പൊ ഇത് ഹാരിന് കഥീപനി എല്ലാം ലാഭ്യമാക്കും പണ്ട് ജെറുമെ തയ്യൂത്തുണ്ടോണ്ട് ജെറിമ എത്രത്തോളം ഉണ്ടാവുന്നത് അത്രത്തോളം തയ്യുന്ന കൂടാണ്ട് എന്ന് പറഞ്ഞിട്ടോ പക്ഷെ അത് മുക്കലൊക്കെ അല്ല മുക്കയുതാണ് ഈ ജെറുമ് ഉണ്ടായ കാലം മുതൽ ആരംഭിച്ചിട്ട് നിലക്കുന്ന കാലം വരെ ഉൾപ്പെടുന്ന ഹാരി ൗലുവും ഒനീതൻ കോലുവും എല്ലാ കൗലല്ലും ഒന്നില്ലേ അത്ര കാത്രുവാദി വന്ന കാലത്തോളം കൗലുകാരും അല്ലാത്ത അവസ്ഥയില്ലല്ലോ ആതിനെക്കല്ല കാലത്തേട്ടാൽ മാലരത്തിന്റെ ഇല്ലത്തിന് ഒരു ഇല്ലത്തിന്റെ മാലലാകാൻ പാടില്ല അപ്പൊ കൗലഭവും കാതിലൻ നല്ലതൊരു കുതിരത്തിനാൽ ഉണ്ടായിത്തീരുന്നതാണ് ആ കൗലു ഒരില്ലത്താടുണ്ട് കൗലുവോ കാതിലുള്ള കുതിരത്തുള്ളത് കൊണ്ടല്ല കൗലവ് കാതിലായി അന്നുള്ള അപ്പൊ ഈ വൈകമാലത്തിന്റെ ഇല്ലത്തിന്റെ കയ്യിലോടുകൂടി ഇതുപോലെ കൗതുകക്കാദനും കോചവും മൊരീനും കോനവ സമയം കോജഹവും ബസീനും കോന്നു അയ്യാനെല്ലാം പോയി കാരണം അത് മഹാൻ മാല മഹാനിയായ ശിവസത്തിനോ ഇല്ലത്താക്കി വെച്ചിട്ട് അതിനോട് താപയിട്ടുണ്ടാകുന്ന പോകുന്നതാണ് ഹാലാന കോതുകോ മൗരൂതൻ എന്നുള്ള മൂരൂതൻ മൂര്യൂതൻ എന്നുള്ളത് മറ്റൊന്നിനോട് താപയിട്ടുണ്ടെന്നല്ല ആ കയ്യിലോടുകൂടി എല്ലാം പോയി അപ്പൊ വൈറമാലർക്ക് ഹാലം അങ്ങനത്തെ സിബത്ത് ഉണ്ടാവും ഈ ഹാരി ഒന്നും തന്നെ ഹാരിഫിനെ കദീമിനെ ശാമിലാക്കാൻ പറ്റിയൊരു വിവാദത്താണോ അവിടെ പറഞ്ഞത് ജർമിന്നുള്ളത് ഹാരിഫിനെ മാത്രല്ല മിത്താലു പറഞ്ഞത് വജൂദല്ല ഹാരിതായ മുജൂതായാലും കദീമായ മുജൂദായാലും രണ്ടിൽ ഉൾക്കൊള്ളിക്കും ഈ ശിബത്താരി ടഹസെന്നല്ലല്ലോ കദീമെ ടഹല്ല അതുപോലെ ജവഹർ ജവഹർ ആകലെ അതും ആദ്യത്തിന്റെ വിത്താറാണ് അതുകൊണ്ട് തന്നെ താഴീഫത് മുത്തലൻ എന്ന് പറഞ്ഞാൽ കദീമത്തൻ കാണത് അതിൻ എന്നുള്ളത് അട കൂടെയും ആദിത്തിനെല്ലാം ഷാമിലാക്കുന്ന നഫ്സിയസിഫത്തിന്റെ താരിഫ് പറഞ്ഞതും അപ്പൊ അള്ളാഹു താലെ കദീമിന്റെ പറയുന്ന കദീമിൻ്റെതായ ബോധിച്ച കുറ്റിക്കണം അതിന് അകലും ഉണ്ടാവും അപലും ഉണ്ടാവും ഏത് കാലത്ത് ഇങ്ങനത്തെ ഉണ്ടാകും എന്നുള്ള കർത്താബാരി മാത്ര അറിയിപ്പത് ഇതോ മുത്താശനു പറഞ്ഞോ അറിയാ പോരാട്ടമാണ് മുത്താക്ഷരങ്ങളുടെ അറിയിപ്പാണ് രണ്ടും മാനൊപ്പം തന്നെ هي الحال الواجبت لله تيكلا ذاك النواجبتال الحالان واجبتال الحالان اي قابط الهان اذن ثبوت الهدن ها كيدو عنده بوئي خارج اذن عنده بوئي السلبية برتبوئي لأن السلبية تلك ثبوت الله معاني بوئي كامل حال الله وجودية يقولون معاني وجودية أبو ഹാനുൽ വാണിബതു പറഞ്ഞത് അപ്പൊ ഹാൽ എന്ന വാക്കുകൊണ്ട് പോയത് മാനിയെല്ലാം പോയത് സർബിന് പോയില്ല മാധാമത്തിന്റെ കഴിഞ്ഞാൽ അത് ആന്റെ ദിന്റെ കാര്യം അപ്പൊ മാമില്ലാണ്ടായി മാർസീയത്താണ് മസ്തരിയത്താണുള്ളതായി മാതിന്റെ ദവാമെന്ന് മസ്തവാക്കി മഹർഷി ദാമയത് എന്ന ദ ാണ് അപ്പൊ ഈ ദവാമുണ്ടല്ലോ ദവാമുള്ള കാലത്തോളം ഇതുകൊണ്ടിട്ടല്ലേ പറയുന്നത് ദാത്തണ്ട് ദാത്തിന്റെ ദവാമുണ്ട് ദവാമുള്ള കാലത്തോളം ഈ ഹാരി മൂന്ന് സാധനമാണ് ഉള്ളത് പക്ഷേ കഥയും ഈ ദവാമു വാജിബാണ് ബിന്യസ്മതിൽ കഥയും കഥയും എന്ന് ദവാമ് അല്ലെങ്കിൽ പിന്നെ വാജിബുള്ളവില്ലല്ല ജായ്സാണ് ഈ ദവാമെന്നുള്ളത് ജായ്സി ആവുമ്പോൾ ബിന്യസ്മതിൽ ഹാരിസി നോക്കിയത് എപ്പം പണി ഇറങ്ങുന്നുണ്ടാകല്ല അപ്പ എന്താ ഈ സിപ്പത്ത് എന്നുള്ളത് മുത്തലക്കാര അരീഫാണ് വന്നതെങ്കിലും ഈ ദവാന്ന് വാജിപ്പാണോ ജാ ഇതാണോ മുക്കിനാണോ എന്നുള്ള ഇടക്കൊക്കിട്ടാണ് ആദ്യം പതിവ് വേറൊരുന്നായി ആ ബാക്കി ഒരു ഏതാനും പഠിപ്പിക്കാൻ പ്രയാസം ഉണ്ടാകുന്നല്ലോ എല്ലാ ദിവസവും നിർത്താമെന്ന് പറഞ്ഞു പഠിക്കണ്ടായിട്ട് അല്ല പഠിക്കാനും കാര്യം പഠിപ്പിക്കാനും കഴിഞ്ഞില്ല എന്നിട്ടടിക്കാനായിട്ട് ഇത്ര നല്ല ഭണ്ടാരിപ്പറ്റ സാധനം ഉണ്ടാക്കി ഐസ്ക്രീം കുടിച്ചോ അടുത്തൊന്നുമില്ലേ ി രണ്ടാമത്തെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് താരീഫ് ഒന്ന് തത്താതാരി മാമില്ല അറിയും പറഞ്ഞപ്പോ ഒന്നും സനൂസി മാമില്ല അറിയല്ലേ വന്നത് അരിഫ് താനിയത് മുദാസരി പറഞ്ഞ സനൂസിമാമെ അറിയിപ്പ് അത് അറിയുമ്പോഴക്കടാ ഹാലം വാജുപത്തിൽ മാതാമത്തിൽ ഹാരില്ല വൈറമാലത്തിന്റെ ഇല്ലത്തിൽ ആ വൈറമാലത്തിന്റെ ഇല്ലത്തിൽ നിന്നുള്ള എന്താണ് ഹാലാണ് ഡരി ഏത് ആള് നവിയായ ഹാല് നേരത്തെ പറഞ്ഞ ഹാൽ നേരത്തെ മുധൂദിന്റെയും സെൽബിന്റെയും ഇടയിലുള്ള ഒരു ഹാലാണ് നേരത്തെ എന്ന് പറഞ്ഞത് ആ ഹാലല്ല നാവിയായ ഹാലല്ലേ നെസുബ് കിട്ടുന്നൊരു ഹാല് ആ ഹൈരമാലത്തിൽ നിന്നുള്ള ഹാലാണ് അപ്പൊ ഹാലാവുമ്പോ സാഹിബ് ഹാലു വേണം അപ്പൊ നെസിബ് വായിക്കണ്ടേ വയ്യറാം നീ നെസി കൊണ്ട് വായിക്കണം എന്താ അസുഖാൻ കാരണം അലാ അല്ലഹു ഹാലും അത് ഹാലാം എന്ത് ഹാല് ഹാല് ഹാരി ഹാല് പറഞ്ഞ ഹാലും ആലോചിക്കൽ ഉണ്ടാകും അതിൽ ഈ സാഹിബ് ഹാര ഏതാണ് ഹാലും ആദ്യത്തെ ഹാരിപ്പ സിഫാത്തിന്റെ എം ചിട്ട ഹാലിൽ ആ ഹാല ഉദ്ദേശം ഹാലിൽ ഇന്ന് ആലോചിച്ചിലുണ്ടാവും അതിനല്ല എന്ത് കാട് വേണേ ഞാൻ എന്താക്കേണ്ട ഇപ്പൊ സാഹിബ് ഹാരൊക്കെ പറയുന്നത് ഏതായ സ്ഥിതി വൈറു മലത്തായ സ്ഥിതി എന്ന കയ് കൊണ്ട് ഏതു പോയി മാനി ആസിപത്ത് മാനവി ആസിപത്ത് കമ്പ്ലിക്ക് പോയി അത് മലലത്തായി പോയി വയറു മലത്തല്ല എന്താ മലലത്ത് കൗതുകാദൻ എന്നുള്ളത് കുതിരത്തുള്ളത് കൊണ്ടാ കൗതുകാതിരൻ ഇല്ല തന്റെ അപ്പം ഒന്നിക്ക് അങ്ങനാക്കാം അല്ല എന്ന് പറഞ്ഞില്ലേ ആ വാജിപത്തിന്റെ നൊമീറിന് അത് തന്നെ വാജിബായത് ഒന്നിക്കൽ ഹാലിൽ നേരെടുക്കാം അല്ലെങ്കിൽ വാജിപത്ത് അൽഹാലിൽ വാജിപത്തു എങ്ങനെയല്ല അത് വാജിബായ ഹാലത്താണ് അത് ആ നൊമീറിൽ നിന്നെടുത്തത് അത് അതും എന്തോർത്തോട്ടില്ലേ അതെന്തിനാണ് കൊടുത്തത് അത് മൂത്രം അതുകൊണ്ട് സൂക്ഷിച്ചത് നിരൽ ഹാലിൽ മഴ വെയ്യത്തി മഴ വെയ്യായ ഹാലണ്ട് അതെ കൊണ്ട് സൂക്ഷിക്കാനാണ് ഏതാ മഴ വെയ്യാത്തിൻ മുരീലത്തൻ ഹയ്യൻ സമിയൻ അങ്ങനെ കുടിക്കോ അണക്കിന് കാളിചാക്കാനം എന്താണ് കാഴ്ച എത്താൻ നമുക്ക് വൈവമുള്ളിൽ എൽമി നിൽക്കുന്നത് കൊണ്ടാണ് കൗലുഹോ ആരും ഇറാകത്ത് ദാത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് കൗനുകനായ് കുതിരത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കൗനുകോ കാര് അങ്ങനെ ഇവിടെ മുനുകൾ നിൽക്കുന്നത് കൊണ്ടാണ് കൗനവോ മുനുവിനു പറയാനില്ല ദാത്ത് മാത്രമേ അതുകൊണ്ടു കേട്ടാ വിറ്റിൽ നിൽക്കുന്നത് കൊണ്ട് ചെയ്യാൻ അവിടെ കാലിലെ വെള്ളി ഇറാകത്ത് വിദ്ദാ ദാത്തിൽ ഇറാകത്തോ കൊതിറത്തോ ഇന്മോ നിൽക്കുന്നത് കൊണ്ട് കാരണത്താണ് വാലലട്ടായിട്ട് നമുക്ക് കഴിഞ്ഞ വല്ലലത്താൻ വേണ്ടി പറഞ്ഞിട്ട് അമ്മ നിലപാട് ചിന്തിക്കേണ്ട സ്ഥലമാണ് അതാ മൂപ്പറെന്താ ബഹത്തറ കായകൾ മാനവീയത്തിന്ന് പറഞ്ഞ ഹിത്രാദുണ്ടല്ലോ ഹേത്രാദിനാണ് കൊടുത്തത് എന്ന് പറഞ്ഞതിന് മൂപ്പറക്ക് ചെറിയ ഹെത്രാദും ഇത് മാനവീയത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് കുട്ടമെന്നല്ലേ പറയുന്നത് അല്ലേ ആ ഫീശൈ ജനൽ മാനവീയത്ത ഈ മാനവീയത്വെന്നുള്ളൊ ഹത്തു അത് നേരത്തെ പുറത്തു പോയിട്ടുണ്ട് പോയത് പോക്കണ്ടല്ലോ ഏത് പോലുണ്ട് മാതാമത്തിൽ കരുതുകൊണ്ട് തന്നെ മാനവീയ ദിവല്ലാം പുറത്തുപോയിട്ടുണ്ടല്ലോ മാതാമത്തി ധാത്തു എന്താ കൈതുകൊണ്ട് തന്നെ പോയില്ലേ പിന്നെന്തിനു പോക്കാൻ പണ്ട് വേറെ ചെയ്തുകൊണ്ടെന്ന് അതന്നെ പോയി ഫൈനൽ മാനവീയത്ത മാനവീയത് എന്നുള്ളത് റിയൽ ഹാരുൾ വാജ്യപത്തിൽ മാധാമത്തിൽ മഹാനി എന്നാണ് മാതാമത്തി ധാത്തുവെല്ലാം മഹാനീയതാ കുതിരത്തിയ കാലത്തിൽ കഥ മുതലായ ധാത്തിനകത്താണ് കവിഞ്ഞ മഹാനിയാദീപത നിലത്തുന്ന കാല അഥവാ ഒന്ന് ദാത്തിന്റെ ദവാമു മറ്റൊരു ദാത്തൽ നിൽക്കുന്ന മാനവി മാനിയാധിപത്തിന്റെ ദവാമു മാതാമതി ദാത്തു എന്ന കൈതുകൊണ്ട് തന്നെ പോയിരുന്നുണ്ട് ഇത് മാതാമതി ദാത്തു അല്ല മാതാമത്തിൽ കുതിരത്വം നിരാതത്വമാണ് ഇതെല്ലാം പുറത്തു പോയിരുന്നു അപ്പൊ ഏത് നേരത്തെ അവിടെ പോയി മാതാമതി ദാത്തോണ്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെതിനായി ഹൈരം മുതലാസിൽ പറഞ്ഞു മാനവീയത്ത് അൽഹാലിദ്ദാസി മാതാമത്തിൽ മാനിയാണ് മാതാമതി ദാത്തുവല്ല കായിമത്തം യുദ്ദാസ് അങ്ങനെ പോയതല്ലോ എന്നല്ല നിലനോക്കുമ്പോൾ ഇത് പോയി വൈറമലത്തിന്റെ കൈലിനാവശ്യമില്ലാത്തതായി വന്നല്ലോൺ തഹീന്നല്ലോൺ അല്ലോ എന്താക്കി എത്ര ആളും പറയാണ്ട് മഹാനിയായ മഹാ മാനവീയായ വിപത്തുകൾ മാലലത്തോ മാലലത്താണ് നമുക്ക് വൈറമലത്താകട്ടുണ്ട് எந்த கொண்டு மாலலத்தை தியாயில் இல்மி இல்மி தியாயில் உண்டிலாதில் தியாயில் அதாவது இங்க இருக்குன்னானான இல்ல ஆயி முலாசிமத்துல் லஹால் இலத்த சொன்னா மத்தோ இலக்குன்னேன் பாற இல்ல ஏரோ நல்லருக்கு தபாயில் இலன்னு சொன்னாய் கேயின் الحركه கொண்டு மோலம் அளைங்கே என்ன வரையிம்பால் இது இலத்த மத்த மலுலனு வரைய இல்ல ஆ ஹாயாக்கள்ள மாலலத்து நர்த்தம்ச்சூடான வரையினு കൊതിരത്ത് എന്നതിന് കൊറത്ത് നിന്നാൽ താരായി മാറും കൗതുകാതെന്നതിൽ ആദ്യമായിട്ടുണ്ടാവുന്ന അതിനകത്താണ് പച്ചമക്കാർ പറയുന്ന എല്ലാത്തിന്റെ മഴ എല്ലാ ഇവിടെ ഉള്ളത് നടിക്കാൻ പറയുന്നു അയ്യാതിമത്തല്ല അതിനർത്ഥപ്പെട്ടത് അപ്പൊ പൻമുറാതും വിത്താരീൻ ഈ അല്ലടത്തും എന്ന് വന്നതിൽ താരീരി കിട്ടുന്നില്ലേ ആ താരേന്റെ മല തലാ പരസ്പരം ബന്ധമുണ്ട് എന്ന് അർത്ഥമേ വെക്കേണ്ടതുള്ളൂ എന്നാലും ഇത് ഇതിലുണ്ടാക്കി എന്നല്ല മഹാനി മാനവീ തമ്മിൽ ഇന്നൊരു തലാസമിന്റെ വന്നിട്ട് കുതിരത്ത് നാത്തിൽ ഇന്നാൽ ആ ദാത്ത ആരാധി മാറും ലാദി ആണ് എന്നാണല്ലാതെ മറ്റൊരു ഇല്ലത്തിന്റെ വയനാട്ടെല്ലാം അപ്പോ അന്നീടെ മുലാധിമത്തുള്ളിൽ മഹാനിയെ നടത്തും മഹാനീത കുതിരത്ത് ഇതാകത്ത് എന്ന ആയാത്ര വച്ച കഥ മുതലായ മഹാനികൾ ആര് ലാജിമാക്കും മാനവീയത്തിൽ ആദ്യമാക്കും എന്നായി അപ്പൊ കുതിരത്തിൽ രാത്രി കുതുരത്ത നിക്കുന്നതിനാൽ ആദ്യമാവലി കൗറു തിരുത്തൻ മഹാ മഹാനി കൗറുതിരുക്കൻ രാതുരത്തൻ എന്നുള്ളത് അന അതാണ് മലരത്തിൽ എല്ലത്താവുക എന്നു പറഞ്ഞ അത്ര അത്രയേ ഉള്ളൂ അത് അതിനുണ്ടാക്കിയ അപ്പത്തിലല്ലാം വാ കഥ അങ്ങനെ തീരോണം വച്ചോ പറഞ്ഞു അമ്മൽ നല്ലവണ്ണം ചിന്തിച്ചോന്ന് വെച്ചാൽ അമ്മളിത്താക്കി ശിപത്തല്ലേ മണ്ടോ അനുദാത്ത പറഞ്ഞ അതേപ്രകാരം ആക്കാൻ പറ്റൂലാത്തിനെങ്ങനെത്താക്കല് ദാത്തന്നെയാണ് അപ്പൊ ദാത്ത സിപാത്താക്കാൻ പറ്റൂത്ത് രണ്ടും രണ്ടും അപ്പൂമെ രണ്ടും രണ്ടല്ലേ അതാ പറയുന്നത് ഒരു കൂട്ടം ഹിമാക്കല് മാത്രമേ തനിയാകുകയുള്ളൂ എങ്ങനെയുള്ള ഇമാമികളാണ് യുസ്ബിത്തുല്ല അഹ് ആക്കുന്നുണ്ട് കാരണം ഇത് നസിയ സിബത്ത് അഹവാലില്ല അഹവാലും നസിയാ സിഫത്തില്ല അഹവാൽ അപ്പൊണ്ടാക്കും അഹവാൽ ഉണ്ട് പാടൂല്ല മോജൂദായ മോജൂദിയാ സിബത്തായി മാറും മാറും ിയല്ല കൽിയല്ലാത്ത ഭൈരവുമല്ല ഹാലുണ്ട് എന്ന് പറയുന്ന ആക്കാൻ എഫ് സി ആർ ഭൂത്താടം കൈ ഉള്ളൂ എന്നാ പറയും അത് ഹാലിന്റെ ഹാലിന്റെ അപറാദിൽ പെട്ടൊരു അപ്രാദ്ണല്ലോ ഏത് എഫ് സി ആർന്നുള്ളത് ഇനി വമ്മ ഇന്തനി കൂട്ടം വിമാനങ്ങൾ എടുക്കലേ ലം ജി അഹബാറുകൾ പറഞ്ഞ സാധനതയില്ല എന്ന് പറയും അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പം ചോദിക്കും നിങ്ങൾ അപ്പൊ അശ്വരിമാമന്റെ മതപ്രകാരമല്ല നിങ്ങൾ അക്കീതന്റെ പോക്ക് ഇപ്പം തിരിഞ്ഞു അശ്വരിമാം ആയവാലില്ല നിങ്ങൾ ആയവാല ദുപൂത്താക്കല്ലേ പോയത് അപ്പൊ അശ്വരിമാമന്റെ മതല്ലെങ്കിൽ പോകുന്നു അങ്ങനെയാണെങ്കിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്താക്കണം അശ്വനിമാമൻ ഒപ്പിച്ചു വരണമായിരുന്നു നിങ്ങൾ എണ്ണാത്ത് മൂപ്പർ എണ്ണാത്ത കാര്യം നിങ്ങൾ എന്തിനു എണ്ണീന്ന് നിങ്ങൾ അശ്വരീം തെറ്റീന്ന് വെക്കണം അല്ലെങ്കിൽ മൂപ്പർ എണ്ണാത്തകാരൻ നിങ്ങൾ എണ്ണീന്ന് വരണ്ടത് ഇതാകുൽത്തത് അഖീലത്തെ അല മഹബിൽ അഷ്വറി അശ്വറിമാമന്റെ മതപ്രകാരമാണ് നിങ്ങൾ അഖീല കൊണ്ടുപോകുന്നത് അല്ലെ അശ്വറിമാമ അൽബി അഹബാൽ ഇല്ല എന്നാറുണ്ട് അഹബാൽ ഇല്ല എന്ന് പറയുന്ന ഇമാമിന്റെ മധു പൊടിച്ചിട്ട് നിങ്ങൾ നഫ്സിയാ ചിബത്തണ്ണി നഫ്സിയ ചിബത്തെണ്ണുമ്പോൾ അത് അഹബാലി പൊടിയും ചെയ്തു അപ്പൊ അഷ്വരിമാമന്റെ മധുവിനെതിരെ തുടങ്ങുമ്പോൾ തന്നെ അതാന്താ കീതി അപ്പോ അങ്ങനെ നിങ്ങൾ അശ്വരിക്കൊപ്പിച്ചു പോവുകയാണെങ്കിൽ ഫൽ ബുജു ന്യായം അത് ഫുൽ ബുജുദിനെ തന്നെ അടുത്ത കളയണ ഒന്ന് ദാക്ക് രണ്ട് ഇതവ് ഭക്താടത്ത് ഇങ്ങനെ കൊണ്ടു പോകണം നിങ്ങൾ ബുജൂത് എണ്ണ എന്നിട്ട് സിഫത്ത എന്ന് പറയാ സിഫത്ത എന്നിട്ട് സുബോത്യ എന്ന് പറയാ സുബൂത്തിയാകുമ്പോ അഹവാല എന്ന് പറഞ്ഞ അഹബാല് തീരെ ഇല്ലാന്ന് അവരും പറയുന്നു അശ്ശീമാവും പറയും േ വനാഹാരത്തെ ഇലർത്തിക്കാക്കി തസാമിയാണ് തസാമുഹ ഒരു മാപ്പ് പറയിലോ അങ്ങനെ ആക്കല് ഇങ്ങനെ ആക്കല് അങ്ങനെയാണെന്ന് വേണ്ട ഒന്നും ആവശ്യം വന്നില്ല ആദ്യം തന്നെ മുജൂദ് എന്ത് കളയാം അതിന് പറയുന്നത് മുജൂദാദെന്നെ കടഞ്ഞ ബാക്കി ഭാഗത്തൊന്നും നോട്ടീസ് ഒട്ടിക്ക ചുമരില്ലല്ലോ ഇവിടാ മുജൂദാദിച്ചുകൊണ്ടേ ഇപ്പൊ ബാക്കിയെല്ലാം ഒട്ടിക്കാനേ അപ്പൊ മുജൂദ് സംഗതി ചെയ്യാകൂലെന്ന് വെച്ചാന്ന് തൽക്കാലം മാപ്പൊക്ക അങ്ങനെ പറഞ്ഞാ കൊൽത്തു അതിന് പറയും ലമഖാനൂദിന്റെ മാരീഫത്ത് ആയപ്പോഴും അതിലേക്ക് നമുക്ക് ആവശ്യണ്ടായിപ്പോയി യു ഹത്താജുലഹ ആ നമുക്ക് ആവശ്യമായി പോയി എന്തിനാണ് ആവശ്യം ലിയമ്പനിഫാത്തി ശേഷം പറയാമെന്ന് ബാക്കി സിഫാത്തല്ല ഇന്നുള്ള ഗോണം വെച്ച് കെട്ടാല് അതല്ലേറത്തിൽ വസ്ഫു അപ്പൊ മാഹിറായ ആ വസ്ഫുണ്ടല്ലോ ൊണ്ട് വസ്ബു അറിയപ്പെട പരിഗണിച്ചുന്നില്ല അപ്പം പിന്നെന്തായാലും പിന്നീട് തസാമുഹയിലേക്ക് പോകുന്ന തൽക്കാലം മാപ്പാക്കും അതിക്കൂടെ സമ്മതിച്ചേ ഈ കൗലന് രാത്രി മോജൂദൻ എന്ന് വസ്തു അറിയുന്നില്ലേ ആ വസ്തുപ്പ് എടുത്ത് നമ്മൾ ഇപ്പത്തുമ്പോ ചർച്ച ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് വസ്തൂ തസംഹ ആ തസമ്മുഹ നമ്മെ ചെയ്യേണ്ടി വന്നതാണ് കൂട്ടാണ്ട് കഴിയില്ല നിങ്ങൾ പറഞ്ഞു തള്ളിക്കളയാണ് തള്ളിക്കളഞ്ഞാ ബാക്കി വന്നൊന്നും ശരിയാവൂല ഉം ഒന്നെന്ന് വെയിക്കഴിഞ്ഞെങ്കിലും പിന്നെ കുച്ചിട്ട് തലം വേണ്ട ബയക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജയിപ്പത് അങ്ങനെ ആ അപ്പോ ഏതോടൊപ്പം ശേഖർ അലി അള്ളാ കഴിഞ്ഞു അഹ്ബാല് നഫീ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ബോറം നമ്മുടെ ഒക്കെ ഒരു ശക്തി കൂടുതണ്ട് അഹ്ബാല് നഫി ചെയ്യുന്നുണ്ട് അഹ്വാൻ നഫീ ചെയ്താലും അങ്ങനെ ഒന്നും ഇല്ല എന്നറും അറിയുന്നില്ല അത് രണ്ടെണ്ണെന്ന് ഞാൻ പറയുന്നല്ലോ നമ്മിൽ മുഴുവതല്ലാത്ത എത്രയും അയവാൻ നമ്മൾ മനസ്സിലേക്ക് മാറിയാറുണ്ട് ഞാൻ ചോയ്ക്കട്ട് നോക്കട്ട് ലൈബില് ആ ഇതെത്രയാ അഞ്ച് അല്ലേ എന്തിന്റെ അഞ്ച് നിങ്ങ അഞ്ചാ നിങ്ങളെ മനസ്സിൽ കണക്കുണ്ട് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും എല്ലാ ലോകത്തുള്ള ബാങ്ക് മുതൽ സകല എല്ലാ ഗ്രീവക്രക്കാറും ഇത് അഞ്ച് റുപ്യാന്ന് ആ കാലജിൽ അഞ്ചുകൊടുത്തോ എന്തിന്റെ അഞ്ച് എന്തിന്റെ അഞ്ചുണ്ട് കാണിച്ച എന്തിന്റെ അഞ്ചാണെന്ന് അഞ്ചാ ഇതേ വലിയ മാറ്റം നിങ്ങൾ രണ്ടാന്നും പറയുന്നു അപ്പൊ ഹാരിജിൽ മോജൂതല്ലാത്ത ചില അഹവാലാണ് ഇന്നുകൂടെ പക്ഷെ അതോടെ നിങ്ങളെ മനസ്സിൽ ഒരിക്കലും പോകുന്നില്ല മനസ്സിൽ എത്തിപ്പാറിയാമെന്നുള്ളൊരു എത്തിപ്പാറുണ്ട് അതുകൊണ്ടാണ് കുറേ നടക്കുന്നത് നിങ്ങൾ ഈ വട്ടത്തിൽ അഞ്ചു റുപ്യ കൊടുത്തിട്ടെന്താ ഒരു റുപ്യറിയപ്പെടുന്ന ബോധം നല്ല പൊട്ടുമൊടി ചെല്ലിങ്ങി മടക്കിത്തരും അപ്പൊ ചുരുക്കത്തിൽ ഇത് അഞ്ചാണെന്നും ഇത് രണ്ടാണെന്നും ഇത് മൂന്നാണെന്നൊക്കെ ബോം എത്തിബാരി മാത്രമാണ് ഹാരിജിൽ മോചൂദേ ഇല്ല മനസ്സിലുണ്ട് എനിലുണ്ട് ബർച്ചിലുണ്ട് രണ്ട് കുരി അത്രേനുള്ളൂ ഹാർജിലില്ല അപ്പൊ അശരിമാം ഈ അഹ്വാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഹാർജിലില്ലാന്ന് വയനാക്കേ പറയുന്നുള്ളു മനസ്സിലില്ലാന്ന് ഓർ പറയുന്നില്ല അപ്പൊ ഓറെ മനസ്സിലുണ്ടാ വെച്ചാൽ നമ്മൾ ഭാഗത്തു നിന്നും അത്രേ ഉള്ളൂ ഇതിന അശ്വരീമാരിമാണു ആ ദാത്തന്നെ ഇന്നഭാഗത്തുണ്ടെന്ന് എന്താ ഏതോടൊപ്പം അല അന്ന തെഹ തൈക്ക് ആരാഅന്ന മറ്റൊരു മറുപടിയാണ് നേരത്തെ ഉതിരണ്ടെന്ന് പറഞ്ഞു അശ്വനിമാമിന്റെ മാനസികമായ അവസ്ഥ കണക്കെടുത്തി മറ്റൊരു മറുപടി തഹക്കൈക്ക് അന്ന ഷെയ്ഖ് അശ്വലിമാകുന്ന ചേസ് വലൌ നഫ്വാൽ നോപ്പ് റഫീ ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചു റുപ്പിയെന്നൊരു ഇല്ലെങ്കിൽ ഇത് അഞ്ചു റുപ്പിയാണെന്നുള്ള എത്തിബാറുണ്ടല്ലോ അതി ഫീനില്ല എന്തുകൊണ്ട് അത് ഹാ ദിഹീനൻ കാരണം ഏറ്റുപാടാതെ ദിഹിനിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പല്ലേ വൈലിക്കില്ല ആ സുബൂത്തും ഹാരി ഹാരദിനും സുബൂത്തില്ല മനസ്സിലുണ്ടെന്തായാലും അപ്പൊ ഇനി മൂന്നാമത്തെ പറഞ്ഞു മൂപ്പത് സാരിജിലില്ലെങ്കിലും മനസ്സിലില്ലാന്ന് ഓർ പറയുന്നില്ല ആ മനസ്സിലുള്ളതിനെ കണക്കിലെടുത്തിയ മണ്ണി വെച്ചൂടാരിക്കൽ കാലല്ലാമത്തെ പറയുന്നു അന്നൽ തന്നെയാണ് പറഞ്ഞാലോ അതിനർത്ഥം എന്താ ില്ലാത്താത്തു മാത്രം നമുക്ക് ആാക്കുലാക്കാൻ കഴിഞ്ഞു ദാത്തില്ലാത്ത വെറും മുത്തലക്കം വജൂത് മാത്രം താക്കുലാക്കാൻ രണ്ടും രണ്ടായി തന്നെ മനസ്സിലന്താക്കാതെ ആക്കുലാക്കാൻ കഴിയുന്നുണ്ട് അഭിമാന ഏത് മായനാക്ക് അന്നലില്ല അക്കലി അക്കലിനുണ്ട് എന്നെ സങ്കല്പിക്കാതെ വെറും മാഹിയോ ഇല്ലയോ എന്ന പരിഗണനയില്ല ഇവിടെ മാഹിയത്ത് പറഞ്ഞിട്ട് സങ്കല്പിക്കാം അത് ഉണ്ടോ ഇല്ലയോ അത് മറ്റൊരു കാര്യം മുജൂദിനെ മാത്രം സങ്കല്പിക്ക അതിന് മാഹീദ് നോക്കാന്നില്ല എന്റെജൂത് അത് നോക്കുന്നുല്ലാം നമ്മളോട് മാഹിയു ഏ നമ്മൾ മാഹിയുടെ അസുഹാക്കനുണ്ട് എന്തെച്ചോ അങ്ങനത്തെ ഒരു സാധനം മുജൂദ്ണ്ടോ ഇല്ലയോക്കു ഫീ മുജൂ സംശയം ഉണ്ടായിരുന്നു അപ്പൊ മുജൂദില്ലാതെ വേണ്ട വെറും അസുഹാക്കാം എന്നെ പറഞ്ഞല്ലോ ശരി പക്ഷെ അങ്ങനത്തെ സാധനം ഉണ്ടല്ലേ നിങ്ങൾ മുറബിയാ ശേഷം രസമുറാക്കുന്നില്ലേ ഇപ്പ പക്ഷെ ഹാരുതി അങ്ങനത്തൊന്നും ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഇപ്പൊന്ന് ചെറുത്തുള്ള ഒത്തരാള് അത് ഗുരുന്ന് വച്ചിട്ട് കാര്യം ആ അപ്പൊ അന്നലക്ക് രണ്ടും ദാത്തിനാക്കണം സാരിജയായിട്ട് അക്ക് ജമാസ് ഉണ്ട് എന്ന് വരുന്നു വന്നമാവു അരുദാത്തിൽ ജ്യോതിഷവർ പല ശാന്തം സ്ഥാപിത്ത സ്ഥാപിത്താൽ അമ്പല്ല കാര്യ സാബിത്തായ എന്ത് വേണം നോക്കിയാൽ കാണാവുന്ന ഒരു കണ്ണമുള്ള തിരികയാണെങ്കിൽ പ്രത്യേകം കാണാൻ കഴിയണം എന്നാ പറഞ്ഞത് അല്ലേ അക്കൽ കുതിരത്തിനകത്ത പോലെ അപ്പോൾ അല്ല എന്ന് പറഞ്ഞതിനാൽ എതിരാഴ്ച്ചു വരൂലി അമൃ എന്നുള്ള എതിരല്ല നമ്മ അമാന്താമ് ഹൽക്ക് ഹോക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അങ്ങനെ മനസ്സിന് മാത്രം സങ്കല്പിക്കാൻ കാര്യം നോക്കിയാൽ കാണൂല ഞാൻ അഞ്ചാ അതേതുപോലെ ആയിരിക്കാം ഞാൻ ഉദാഹരണം പറയാം കമായുര ആക്വതിന്റെ സൗബം മീൻസ് ഒരു വസ്ത്രം പുറത്തെടുത്ത് വസലൻ എന്നുള്ളത് ഒരു മസല ഫസ്റ്റ് സോബ് പുറത്തെടുത്ത വസ്ത്രം ഉണ്ടല്ലോ യു സോഫിൻ അങ്ങനെ എന്ന് പറയുന്നില്ലേ നുഹൂർ എവിടെ ദാസനാ ദുഹൂർ എവിടെ ഇല്ല ബഹു അമ്രൻത്തിബാരി അമ്രുഹൂറുണ്ട് എല്ലാവരും സംബന്ധിക്കുന്നുണ്ട് അത് കൂട്ടിയെപ്പം വെച്ചാൽ പോയി പറയും ചെയ്യും ഉണ്ടായിക്കില്ല ഞാൻ എത്തരത്തിൽ അഞ്ഞൂറാ കാണപ്പെടാൻ സഹിയാവത്തക്ക രീതിയിലുള്ള ദുഹൂറുകൾ ഇല്ലൂറുണ്ടോ ഗുരുമുദോ അതുമില്ല مال هو عمر يعتبره شخص في نفسه فقط منس الماترم ابا ديهن الام وجوده يولو چلپا داغم ديهن الام لفل الام موجوده يلغور انده ابارته لنن ايله چلپا داغم ديهن الام ونده نفس الامر الام ونده ابارته لوده موضع ندل الله موضع خبوته يولا بلده يولو نفسه فقط لينبني عليها غيرها لنا فهي آسر لغيرها ني ഇത് മുജൂദ് എന്നുള്ളത് മറ്റെല്ലാ സിഫാർത്തിനും അസലായി ഇതാണ് രാജ്യ സാഫോ ബിസിഫത്തിൻ ഇല്ലാപാൽ മജൂദി മുജൂദ് കഴിഞ്ഞതിന് ശേഷ ശേഷം സിഫാദന്റെ സിഫാഫിക്ക് കാര്യമുള്ളൂ അലാന്നെ തെക്കീഖാന്നുള്ള യുക്തിക്കാമിൽ ജവാബ് ജവാബിൽ നിന്ന് കുറച്ചുകൂടി ഒരുപടി കയറി നേരത്തെ ഒതുൽ പോലീപ്പിച്ച് കഴിച്ചില്ലേ പോരാ ശേഷം മതി ഒന്നാകാന് നഫീ ചെയ്തിട്ടുണ്ടെങ്കിലും ഒപ്പർ മനസ്സിന് പോയിട്ടില്ല എന്നാൽ പിന്നെ തലാസ് അതിന് മൂന്ന് രണ്ട് അതിലുള്ള അതിന് നബ്സി മനസ്സാ മനസ്സാകുന്ന നഫ്സല്ല അത് നേഹിനെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ بخلاف المعالي معاليها صفاتنا وكل موجود ادھر મતલબ બતલ મૌજૂદનું ફોર અર્બુ ઉબૂતા ફાલે ઉબૂતું આવું ઈ પરને મોનીને પરમ બિસિયાદતી સુબૂતી ફિલ આયન આયન લે સુબૂતું નંદા ઓકે આ કાણ આવને ભાગતની ફાદી સુબૂત બનાર નહિ લે સેલ્બિયતનો ફલહ સુબૂતાન 2 સુબૂતે ઇન્ડાઉલુ એ સુબૂતમ ફિલ અલફાલી સુબૂતમ ફિલ નુકુસ ઓન રેફ્રિલી ഒന്ന് ഹീനസിലാണ് അൽഫാദിലും ഹീനസിലും ലഹീനിലുണ്ടാവില്ല അഞ്ഞുലാഹിലൻ മാഹിയത്തെ ദൂരൽ വുരൂദെന്ന് പറഞ്ഞാൽ വുരൂദനെ സങ്കല്പിക്കാതെ മാഹിയത്ത് മാത്രം മുലാഹല ചെയ്യാൻ അക്കലിന് സാധിക്കുന്നുണ്ട് അപ്പൊ അക്കലിൽ രണ്ടും രണ്ടായിട്ട് തന്നെ കാണാം അല്ലേ അറ്റാൽ മുലാഹലത്തെ മാഹിയത്തിൽ കാവുന്നത് അൽ കൗൽ കൗൾ എന്ന് പറഞ്ഞാൽ എന്താ മാഹിയത്ത് കൗൾ എന്ന് പറഞ്ഞാൽ അരി പറഞ്ഞാൽ മാഹിയത്ത് ഉണ്ടാവും അവർ എന്ന് പറഞ്ഞാൽ മുകളിലെ ചില പ്രത്യേകമായ മറ്റേ മഹാരാജുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വാഴിന്റെ ഉള്ളിൽ ഈ അജവപ്പായ സ്ഥലത്തുള്ള തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക തമ്മപ്പൂ ചാട്ട് കോർവപ്പെടുത്തു വരുന്ന മസൂസായ സൗത്ത് എന്നാണ് പക്ഷെ അവിടെ കൊത്തുക സാധനം സൗത്ത് എല്ലാം കോലായിക്കൊള്ളുന്നില്ല ഓലെല്ലാം സൗത്ത് ഉണ്ടാവും കോലും നല്ലത് എന്തിനെ കാണോ യസ്മിനെ കാണിയോ ഫേലിനെ കാണോ അർജുനെ കാണിയോ അമ്മോ അമ്മ എന്ന് പറഞ്ഞില്ല എന്നോടൊപ്പം ആദ്യമേ ഗുരുദിഹി ഗുജോദി ഇല്ലാതെ പക്ഷെ അള്ളാഹു അങ്ങനെ വിശേഷം ഒന്നും തോന്നില്ല നമ്മുടെ ക്ലാസിന്റെ വിഷയത്തിൽ ശേഷം നമ്മുടെ സംസാര വിഷയത്തിൽ എന്നെ അടുത്ത് പറയാനുള്ളത് എന്നർത്ഥം കംസത്വം സെൽബിയ ഉണ്ട് ഈ സെൽബിയാന്ന് പേരൊന്നും എന്തോണ്ട നിസ്ബത്തുള്ളി സെൽബി സെൽബിനെ നിസ്ബ ചോദിച്ചാണ് സെൽബിയ സെൽബി എന്ന് പറഞ്ഞാലി നഫീനെ വിചോദിച്ചു ആരും കണ്ടിട്ടില്ല എന്ത് കരി കൊടുക്കുന്നുണ്ട് ചെയ്യാനാണ് ഒരു ചോദന അവിടെ മിൻബുമാനായിട്ട് അവിടെ മിന്നാലെ അഞ്ച് സെൽബിയാത്തിൽപ്പെട്ട ഓരോന്നെയും മതിലൂര് സെൽവു അമ്പ്രി ഓരോ കാര്യങ്ങളെ ഊരലാൻ ഇല്ല എന്ന് പറയലാൻ നെഗറ്റീവ് സിമു എങ്ങി അള്ളാഹു സുമാനഹുമ അനുയോജ്യമല്ലാത്ത ഓരോ കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽബിയ എന്ന് വേണ്ടിവരാൻ കാരണം അതിന് ചെറുതായി നോക്കുക സുമതല െ അവിടെ ഇതിന് ശേഷം ഇത് ഉണ്ട് എന്ന തർത്തീപല്ല അങ്ങനെ അമ്മ ആണ് ഇതിൽ ആ തർത്തീപൈന് സിഫാത്തിണ്ടായി തലാത്തി നഫ്സിൽ നമ്പി യഥാർത്ഥത്തിൽ നല്ലാണ്ട് സിഫാത്തിൻ്റെ പ്രത്യേകമായ തർത്തീപ് ഇല്ല അതുണ്ടായതിനുശേഷം ഇത് ഇതിനുശേഷം ഇത് ഉണ്ടായിന് അങ്ങനെ അങ്ങനെ തർക്കീപ് പറയൂടാ കാരണം ഇത് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പോ ലാഖി ബാഖിഇ എന്ന് പറഞ്ഞ നസീക്ക് ഇല്ലത്താണ് ഏത് പറഞ്ഞതിലാ ചർത്തീബ് ഏത് സിഫാത്തില്ല സർക്കീബ് ഇല്ല എന്നിട്ട് ഡൽഹിയിൽ വരണ്ടെ അതാണ് ഇത് ചർത്തീബ് തർത്തീബ് എന്ന് പറഞ്ഞാൽ ഒന്നിനു ശേഷം ഒന്നുണ്ടാവില്ല അതെ അത് എത്ര ർത്തീമാക്കപ്പെട്ടത് ശേഷം ഉണ്ടാകണം ഹാദി താകണം എന്നതോടും അരാമാക്കമുലഹ് മുമ്പുള്ളയിലാക്കണം ഇപ്പൊ തിയാമിന് ശേഷമാണ് റൊക്കുവെ തർത്തീമ്പൊക്കെയാണ് തിയാമിന് ശേഷം ആദി സാകും റുക്കു റൊക്കുവിന് ശേഷം ഹാദിസാകണം അങ്ങനെ വരിക വെള്ളം ഏത് തരത്തിലുള്ള ലോകത്താവട്ടെ വാലി ന്യൂസൻ അമ്പാഹു താലാക്കാവട്ടെ വാലാ സിപാദിനി അന്നാണ് സിപാദിനാവട്ടെ അത് ശരിയല്ലേ ഈ സെൽബ് എന്ന് പറഞ്ഞ നെഫിയാണ് അൽമുറാദ് അപ്പൊ നെഫി എന്ന് പറഞ്ഞ ഉള്ള ഒന്നിന് ഇല്ല എന്ന് പറയലല്ലേ ഉദ്ദേശിക്കുന്നത് ഉള്ള ഒന്ന് ഇല്ല എന്ന് പറയലല്ലേ അതിനാദ്യം ഡേ ഇല്ലല്ലോ അതിന്റെ അർത്ഥം അസലി തന്നെ ഇല്ല അസലി തന്നെ ഇല്ല തേനം ഇല്ല എന്ന് പറയല അത് പറയുന്നത് അൽമുറാദു ബിഹി നഫീ കൊണ്ടുള്ള മുറാന്ന് അല്ല അതമോ അതമാണ് ഉദ്ദേശിക്കുന്നത് കാരണം സ്റ്റെൽഭെന്ന് പറഞ്ഞാൽ ഇത് സ്കൽബു അല്ലിയും അല്ല അതമോ അഭിമാനം വാഹിം സെൽബ് എന്ന് പറഞ്ഞാൽ തിരക്കല്ല നഫീന്ന് പറഞ്ഞാലും തിരക്കല്ല അഥമെന്ന് പറഞ്ഞാലും എല്ലാം ഒരു മയനാക്കില്ലാത്തത് പിന്നെ ചെറിയ വ്യത്യാസങ്ങൾ എന്താ ഉണ്ടായ ഇല്ലായ്മ ചെയ്യുന്നോണ്ടല്ലേ അപ്പ ആ മയനാക്ക തോന്നിക്കൊണ്ടാം അതവിടെ തീർന്നു എനി പറയാൻ പോകുന്നു ആദ്യ നക്സിയാസിദൂതാന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞു കാരണം ഉദൂതാണ് എല്ലാത്തിന്റെ അസുരെന്ന് പറഞ്ഞു ഇനി എന്ത് ബാക്കിയുണ്ട് സെൽഫുകളുണ്ട് മാനിയുണ്ട് മാനവിയുണ്ട് ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങൾ സെൽബിന് ആദ്യം പറഞ്ഞു പിന്നെ മാനിയാ പറയുന്നു പിന്നെ മാണിയെ പറയുന്നു അതിൽ അങ്ങനെ കർത്തി വാക്കിന്ന് ആദ്യം മാനവി പറഞ്ഞൂടെ ഇന്നിട്ട് മാനി പറഞ്ഞൂടെ എന്നിട്ട് സെൽഫ് പറഞ്ഞൂടെ ഈ കർത്തിവിന അത് കാരണം അള്ളാഹുബിന്റെ തൻസിണല്ലോ കഥകളം അപ്പൊ ഇല്ലായ്മ മുന്തിച്ചതിന് ശേഷം തഹലിയത്താക്കിയിട്ട് വേണം എന്തായാലും ആക്കാന് ഒളിച്ചിട്ടല്ലേ പൊതുവെ പേടല് അങ്ങനെ തെർത്തിയിട്ടുണ്ടല്ല ഈ പഴയ വീണ്ടല്ലെ ചരണ്ടിക്കാണല്ലോ മുതിയൊളിച്ചടിക്കരുത് അപ്പൊ തഹലിയത്ത് മുന്തിക്കണം എന്നതാണ് അപ്പൊ സെൽഫി കംപ്ലീറ്റ് തഹരിയെത്താൻ തന്നെ അതാണ് മുസ്ലിഫ് മുന്തിച്ചു അൽ തല്ലിയ സെൽബിയത്തിനെ മുന്തിച്ചത് അനൽ മഹാനി മഹാനിയ സിഫത്തിനാക്കാണോ മുന്തിച്ചത് ഇനി കാരണം സെൽബിയത്ത് നിലനിൽക്ക തീർ ഹാവുണ്ട് വായിക്കണം തഹലീത്തച്ചാൽ പോരായ്മ ഹാദിയാക്കലും അതല്ല കുറച്ച് വൃത്തിയാക്കല് ഇതൊന്നുമല്ല അതൊന്നുമല്ല എന്നെല്ലാം പറഞ്ഞ് തീർച്ചയായതിനുശേഷം കിന്നാക്കിയാണെന്ന് വീണ്ടും പറയൂ والمعاني اذا توققت هذهيتي بالحاء አይതണം तहलीयत அப்போ வாட் இஸ் तहलीयत முன்னதுனால तहलीयتين முடிவுல كان قانون داخलीयता இதिकரண तहलीयتين நாம முடிக்கணும் மற்றியோ அப்படி거든 அதர்த்துordum ஏன 10 என்னடா வருது செல்வியாயா அஞ்சனம் உண்டு அஞ்சே உள்ளு അഞ്ചേ ഉള്ളൂ എന്നല്ല അതിന്റെ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം മാത്രം എണ്ണൊന്നേ ഉള്ളു അല്ലെങ്കിൽ സെൽബിയ സിഫത്ത് അഞ്ചല്ല തന്നിയായി ഒടുങ്ങാതെ സെൽബിയാത്തുണ്ട് ഊറാൻ തന്നെ വലുതായ വലുതുള്ളൂ അതാ പറയുന്നത് ശരി വൺ ഹഡ് അന്നിഫാത്ത് സെൽബിയത്തിൽ ഈ പറയപ്പെട്ട അഞ്ചെണ്ണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അഞ്ചെന്ന് വൈറ്റി പറഞ്ഞെങ്കിലും ഇത് കാരണം ഒതുങ്ങി ദുഃഖൂലെന്ന് പറയാൻ കാരണം എന്താ മിൻ ജുലത്തിന സെൽബിയാത്തിന്റെ കൂട്ടത്തിലുണ്ട് അൻഡോ ലാ വരത് ലമോ അതുകൂടെ ഉണ്ടെന്നില്ല വരതില്ല പറഞ്ഞല്ലേ വല ദൗതല്ലെന്ന് വട്ടക്കണം സാഹിബത്തം വല വലതാന്ന് കുറാനിലുണ്ടല്ല വല ബസൈത്തം വരാ മുറക്കബ് എന്നും പറയാനില്ല ബസൈത്തു എന്ന് പറഞ്ഞാൽ മുറക്കബ് അല്ലാത്തേക്ക് ബസീറ്റ് ഈ രണ്ടു വസ്തുവന്നാക്കറിയില്ല കാജിക്കാതിന്റെ വസ്തു മുറക്കബ് എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളും കൂട്ടിച്ചേർത്തി എന്താ പറയും അതിൽ ഒറ്റ ഒന്നേ ഉള്ളൂ ഒന്നിനാണ് അതിന് ബസീത് എന്ന് പറയും അപ്പൊ അമ്മ അതിനാക്കുമ്പോ ആ ബസീത്തും പോയ മണ്ണ അപ്പൊ മുറക്കമല്ലെങ്കിൽ അത് രണ്ടായെന്ന ആദ്യത്തിന്റെ വസ്തുവല്ലേ രണ്ടും അല്ലാതെ അറിയില്ല ആ അല്ല മുറക്കബു എന്ന് പറയുമ്പോ ചായ മുറക്കബുപ്പാ പലരും കൂടെ കൂടി ചേർന്നിട്ടല്ലേ പലതിന്റെ കോമ്പിനേഷൻ അല്ലേ മുറക്കബു എന്ന് പറയുന്നത് മറ്റേ സാധനമായ കാവനയിൽ ഒരു ബാസ് ഇട്ട് വരും അത് പത്സ്യബക്കാറ കാറ്റ് ബാസീറ്റാണ് നാല് അനാസ്ഥാസീറ്റിയാണെന്നാണ് ഈ വെള്ളം മണ്ണ കാറ്റ നാല് സാധനം ഉണ്ടല്ലോ അത് വസീത്തയാണെന്നാണ് പത്സ്യപ്രക്കാരെ ഭയം വരുന്നത് ഇന്നത് പോയി ഇന്ന് വറക്കപ്പേ കിട്ടും വെള്ളം നല്ലത് ആയിരത്തു എക്സിറ്റുവാണല്ലോ അപ്പൊ മറക്കപ്പ് തന്നെയല്ലേ ഇനി ഹൈഡ്രോജൻ ഇപ്പൊ ഓരോ ദിവസങ്ങളാണ് വിചാരിക്കും ഇനി ഇവര് കണ്ടുപിടുത്തം വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോജനും വെള്ളം ഓരോ ഹരി വെക്കാൻ ഓരോ പെൻഡി ഹരി വെക്കാൻ ഹൈഡ്രോജൻ രണ്ടെണ്ണം ഉണ്ട് ടുള്ള അതായത് ഓരോ ഓക്സിജന്റെ ഓരോ ഹൈഡ്രോജൻ രണ്ടംശങ്ങളുണ്ട് അല്ലെണ്ണം ഇടല്ല രണ്ടെണ്ണം ഹൈഡ്രോജൻ ഒന്ന് ഒരു പുറത്തേക്ക് സ്ഥലത്തുണ്ട് സ്ഥലം കൊണ്ട് ചേർത്താൽ ഹസ്രാക്കി വരും മുത്തലക്കായി ഒരു ഹസ്റില്ല അങ്ങനെ ഒരുപാട് കല്പിക്കാത്തുണ്ട് അതായത് ആ മുമ്മത്തരത്തിൽ നവാദീത് എന്ന് പറഞ്ഞ കല്പിയാത്ത കൊണ്ട് അതിന്റെ തകരിയാൽക്കുമ്പോഴെല്ലാം പോകും അപ്പോ അന്ന് പിന്നെ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ അഞ്ചെണ്ണം ചുരുക്കേണ്ടി വൈന്നൊക്കെ ഈ അഞ്ചെണ്ണത്തിന്റെ മെൻ മാത്രം ചിരിക്കിയത് ഇത് എല്ലാത്തുവാൻ സെൽബി അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതായി ഇന്നേ ഉള്ളൂ ഇതിൽ തന്നെ എല്ലാം പേര്സം വരും ബാക്കി മഹാനി ഏഴ് ഏഴണ്ണേ മഹാനിയുള്ളൂ അല്ല അതിൽ പ്രധാനപ്പെട്ട എണ്ണം ഉണ്ടെന്ന് മാത്രം കണക്കില്ലാത്ത സിഫാസും കമാനാത്ത പണ്ടേ ഉണ്ടെന്ന് വന്നല്ലോ അതെല്ലാം ബാക്കി തന്നെ കുട്ടിക്ക് വന്നു സെൽബിയാത്തിൽപ്പെട്ട ഓരോന്നും അതായത് സെൽബിനേക്ക് ചെറുക്കപ്പെടാനുള്ള കാരണം എന്താണ് ഈ സിഫാത്ത് ഈ സിഫാത്തിന്റെ മധുരൂര് എന്താ വേറെ അള്ളാഹു താലാക്ക് അനുയോജ്യമല്ലാത്ത ചില സിഫാത്തുകൾ ഇല്ലായ്മയിലായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഇല്ലത്തു കൗലി നിസ്ബത്ത് അല്ലി സെൽബിയ സല്ലീമാ ചെയ്തില്ലേ നിസ്ബത്ത് سلبيته لذي سبع اذا سلبيته يكون القسمه لاپا سلبيته القسمه ايذو എന്നതിൻറെ കാരണം എന്താണ് അല്ല തണ്ട് अगर करतो വഹിയ ആതിഫാത് സൽബിയത്തെ അൽ കിദ മുദി ലാതി ഫഅലി മി അൽ അത്ത വരിദ തുടക വങ്ങിയോ കിദം ബിന്ദാതി പാദം വൽ ബഖാ അ വങ്ങിയോ കിദം ബിന്ദാതി ഫാലം വൽ ബഖാ അടവ അറിയപ്പെട്ട് കുടുമ്പു നെൽത്തുക ഒന്ന് കിടം മുമ്പിൽ അത് നീ അർജം അവിടെ പ്രാരംഭീന്ന് പ്രത്യേകം കൂട്ടാൻ എന്താണ് പച്ചപ്പക്കാരെ കണ്ട കിലമുൽമാനി കിടമുമ്പിൽ അപ്പൊ വെറും കിടം എന്ന് പറഞ്ഞാൽ അത് തോന്നിപ്പോകും കിലമുൽ സമാനിയാണ് തോന്നിപ്പോണ്ടാ കിലാത്തിയ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം പറയണം അപ്പുറം പസവക്കാരോടൊക്കെ എല്ലാം ടാമ്പ് രണ്ടാമത്തെ ഒരു ദ്വാര പറഞ്ഞ തുക നീ ശരി മനസ്സിലാക്കിയാൽ നീ തെക്കിച്ചാണ് അയിന് മൈക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ദ്വാരത് ആ ആൾ കിതമു എന്ന് പറഞ്ഞാൽ ആ ആൾ കിതമുദ്ദാത്തി കിതമുദ്ദമാനിയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടാ ദുമാന കിദാത്തിന്റെ വേണ്ടി തന്നെ അപ്പൊ സത്യപ്രാറ് വാദം പോയി ആലം കഥീമാവർക്ക് വാദമുണ്ട് പക്ഷെ ആലം ദാത്തിന് വേണ്ടി കഥിയുമല്ല എല്ലത്തിന് വേണ്ടി ആലമിന്റെ ഇല്ലത്തുണ്ടല്ലോ ആ ഇല്ലത്തിന്റെ വേണ്ടി കഥീമാണെന്ന് ഓർഡർ പറയും അതാണല്ല എല്ലത്തിൽ കടീമത്തിൽ കടീമത്തായ എല്ലത്തിനെ തുടർന്നിട്ട് ഇതെന്തല്ല കഥയുമായി എന്നല്ലോ പറയുന്നത് ദാത്തി എന്ന കടീമത്തായ ഇല്ലത്താണ് അള്ളാഹുട്ടെ വജൂദന് ആ ഇല്ലത്താണ് തെളിയിട്ടുണ്ടാക്കിയത് അന്നേത്തെ കൈയാണിക്കപ്പോൾ മോതിരമാതിരി മോതിരത്തിന്റെ അറ്റത്തിന്റെ വജൂദിനെ ഉണ്ടാക്കിയത് കയ്യൻ അനക്കമാകുന്ന ഇല്ലത്താണല്ലേ അങ്ങനെ ഉണ്ടാക്കിച്ചിട്ടാണ് അല്ല അള്ളാഹു ഇല ഉണ്ടാകണ അള്ളാഹു ബസുദ്ധനാണ് അത്തരം വാദങ്ങളെ തൊട്ട് അള്ളാഹു വസുനാണ് കേട്ടോ മുാബലി പറയുന്ന അതല്ല ഒരു ഉദ്ദേശം റയറുകൊണ്ട് കഥയും അല്ലെ ആലമുണ്ട് അതിന്റെ മുക്കാബിലി അല്ല അള്ളാഹ് കിലം പറഞ്ഞത് അള്ള ആലമുണ്ടാട്ടയില്ലായിരിക്കട്ടെ അയത് നോക്കാതെ കണ്ട് അള്ള മാത്രമുണ്ട് തന്നെയാണ് കൈ കൊണ്ട് കഥികമാരെ എന്തെ മുഗനിലയിൽ ഇത് ഇതിന് ഗിടമുണ്ട് എന്നെല്ലാം ആ ഓഫീസെല്ലാം ഉദ്ദേശിക്കുന്നു ആ കമാളിനെ തത്സപ്പിക്കും തത്സപ്പിച്ചാൽ പറയുമ്പോൾ കോണങ്ങനെ പറയുന്നു അപ്പൊ കമാളിന്റെ കാണിൽ ചേർന്നതാണ് കിടമുണ്ടായിരുന്നു മകളാ ഇതുമ്പിൽ ഹായുർ ആരും വരുന്നുണ്ട് പത്സ്യപ്രാർ ആല കാലകഥാത്തിന് വേണ്ടിയല്ല കഥിയുമായ എല്ലാത്തിലെ തുറന്നത്തെ കഥയുമാണെന്ന കുറവാറും അതിന്റെ മുഖാബിലല്ല ഇത് അതുകൊണ്ട് തന്നെ അനിഷേദ്യമായ ഗുർഹാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തിനാണ് ഇത് മുറാദല്ലാതെ അല അല്ലുലാ കുമ്പിൽ ഹായു വയത് കൊണ്ട് കവിയുമായ ഒരു സൈഹും ഇവിടെ ഇല്ല എന്നുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ലക്ഷം സ്ഥാപിച്ചിട്ടുണ്ട് പതിവ് രണ്ടില്ല വയറുകൊണ്ട് കടിയുമായൊരു സാധനം ഇല്ലാന്ന് നമുക്ക് എന്തുവരെ മാത്രമല്ല അവന്റെ തിബാത്ത് മൊഴികയുള്ള എന്ത് വസ്തുക്കളുണ്ടെങ്കിലും ഹാരി ഹാവി മാത്രമേ ഉള്ളൂ എന്നും കാട്ടിയാ ഗുഹാനന്ദ് മറന്നിട്ടുണ്ട് സഗണ്ടാക്കാതെ പറയുന്നല്ലേ എന്തുകൊണ്ട് ദാസിന് പറയുമ്പോ ദാസി അല്ലാത്ത കിലം വേറെ ഉണ്ട് എന്ന് കരാമെന്ന് തോന്നിപ്പോ ആ തോന്നൽ തടുക്കാനാണ് വെറൈറ്റൻ മുറാബിച്ച് പറഞ്ഞത് അല്ലെ അന്നു യോണിമോ അന്ന ഹാത്ത കിടമീർ കൈറുകൊണ്ട് കഥയുമായ ഒന്നവിടെ ഉണ്ട് പറഞ്ഞ വാക്കുകൾ തോന്നിപ്പോന്നത് ആ തോന്ന തടുക്കാൻ വേണ്ടിയിട്ടാണ് വെറൈറ്റൻ മുറാദിത്തിയത് ആ ലാറ്റിൻ എങ്കിലും ലൈറ്റ മുറാടൻ അങ്ങനെ ഒരു ഊണമുണ്ടെങ്കിലും അത് മുറാദാക്കാൻ പാടില്ല മുൻ കഥാലിക്കാം ആ മുറാദല്ല എന്ന് ആ ഊഹത്തിലെ കളിക്കാനാണ് വെറൈസൻ മുറാദ് കൃഷി മൂപ്പം തിരിച്ചു കൊടുത്തത് അത് വാന്ന കൊല്ലമാക്കി മിനൽ നോജൂദാക്കി എന്ന് കയ് കൊടുക്കണം അല്ലെങ്കിൽ എന്താണല്ലോ അതവ് എന്ന് പറഞ്ഞ സാധനമില്ലേ ഒരു ആദ്യത്തിന്റെ അടമതാണ് ഈ അടമ് അല്ലാഹ് എല്ലാത്തിനും ചെയ്യുന്നല്ലേ ഒരു വർത്തന്നല്ലോ മാസം വർഷം ഉണ്ട് അതിന് വളരെ പറയണം അതവരാൻ പാടില്ല അത് മാനു പറയാളാം ഒരു സാധനം മാസം വന്നാൽ കളിയാണ് അപ്പൊ മാസം വന്നാൽ ഹാരികണ്ടല്ലേ അപ്പൊ അത് ഹാരികളല്ലേ അത്മഹാരിതല്ലേ അടിമഹാരിട്ടൂലേ അല്ല അടിമഹാരില്ലേ അരുമ കറിയുമല്ലോ അതരില്ലേ അരമ നമ്മൾ ഈ പുത്തായി പറയപ്പെട്ട നമ്മുടെ അടമിന്റെ അപ്പുറത്തെ അതിലറിയില്ലോ അത് കഴിയുമല്ലോ അപ്പൊ മാസത്തിനൊന്നായി തരാൻ ആദ്യത്തെന്ന് പറഞ്ഞതിന് നിങ്ങളുടെ അത് ആദി തന്നതാണ് കഴിയുമാണ് അത് പറഞ്ഞത് മോനോടായ മാസം ഒന്നായി താരാണ് നിങ്ങൾക്ക് കൊടുക്കണം അടമ് മോലോ അടമ അറിവുമല്ലേ അത് അതിനെ മോദി നിങ്ങൾ കൊടുത്തത് ഇതൊന്ന് പരാതി അപ്പോൾ അത് അങ്ങനെ കൊടുത്താൽ എഴുതാവൂലെ അടുമുണ്ട് ആദിജാത്തിൽ അതിഥികൾ ചില ചിടങ്ങുകൊണ്ട് വസ്തുതയുന്നുണ്ട് ആ വസ്തു തന്നെ ഇവിടെ ഇതിലേക്ക് എഴുതില്ല എന്നുകൊണ്ട് മാധ്യമങ്ങളായിട്ട് മൗനകരായ മാധ്യമങ്ങളായ മുഴുവൻ ആദിത്താണ് ഞാൻ പറയുന്നുണ്ട് മരവമായ മാധ്യമങ്ങളായിട്ടാണ് ആദിത്താനും പറഞ്ഞില്ല അത് അനുമതി നടക്കുന്നുണ്ട് ചിത്രം ചിട്ടുണ്ടാവും ഹിതമിന്റെ മാന എന്താണ് ഹിതം എന്നതുകൊണ്ട് പ്രത്യേക സാധനയില്ല സെൽബു അമ്പലം അവനി വെച്ചാണ് അതിൻ്റെ സെൽവണ്ടാവരുത് ആ ഇവിടെ അന്ന കൂട്ടാനല്ല അമ്പലി ഉപയോഗിക്കലാ മുതൽ അത്ര അരമിന്റെ അരവിനുണ്ടാകരുത് മുജോ ഇല്ല ഇത് അതാ ലാ അമ്പരം ഉപയോഗിക്കാൻ തെരുവണേ ലൌണം കെട്ടും കണീമൻ سقطع نلينا مكتمل لدي كان عابتا البالي الله تعالى قديم ابدا بثم قديم لا ينرى ارى ابطالي هذا حادث لا تعالى غالطه الله تعالى ادعو بره طب ابطالي لا لا لا لا ാണെന്ന് വെച്ചാൽ തിഷ്ടിക്കാരോ ഇല്ല മോഹിച്ചൻ മഹിപ്പിക്കാറായിട്ട് വരും ഇതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മോഹിട്ട് ഇല്ലാതെ അല്ലെ ശരി ചുമ്മാ അള്ളാഹു താരാ ഉണ്ടാക്കി എന്ന് വാദിക്കാൻ തുടങ്ങി ആ മോഹിറ്റ് തരാതിക്കാ അത് ഹാരി കാണോ പറഞ്ഞു അങ്ങനെ അല്ല വാദിച്ചാൽ അങ്ങനെ മൺസ്യത്തിന് വണ്ടിട്ട് വേണം ആ മഞ്ചു വണ്ടിച്ച് പോകണം അങ്ങനെ അവിടെ പോകും എന്താ ഇൻ എട്ടാടി തമാരും കളികളുമാണ് രണ്ടും അധികൃതർ രണ്ടും അധികൃതർ രണ്ടിനു വേണമല്ലോ ആളും ഒന്നിനു വേണം ഒന്നു വേണം നോക്കുന്നില്ല നിങ്ങൾ ആടിച്ച് രണ്ടായാലും രണ്ടുതമാനം ആടിക്കാം അത് എവിടത്തേക്ക് എത്തിക്കും മുകളിൽ ഒന്നിക്ക് ഡൗറിലേക്ക് എത്തിക്കും അവർ തക്കൽസിൽ തക്കൽസിലേക്ക് എത്തിക്കും ഇപ്പഴാലും തക്കസിലേക്ക് എത്താം അല്ലെങ്കിൽ നടക്കണം ആ കഞ്ഞി അതാണ്ടിരിക്കാൻ വേണ്ടി ആണെങ്കിൽ ഘട്ടത്തിലേക്ക് ഇതിന്റെ മൊഴിത് ഇത് ഇതിന്റെ മഹിറ്റ് ഇത് നിങ്ങടെ മുഖേണ് ആ പിന്നെ അച്ഛൻ ഇല്ലാതെ തിരിച്ചു ഇല്ല എസ് എന്ന ഡൗറായി ഇതിന്റെ മോശി ഇതിന്റെ മുന്ന ഇത് തന്നെ അല്ലെ അപ്പൊ ഈ സാധനം ആരായി ഇതിനെ മോഹൻറ്റുവാ അല്ലേ ഈ സാധനം അതിനാൽ ഉണ്ടാക്കപ്പെട്ടതാണിത് യക്ഷണമില്ലേ ഒരു സാധനം തന്നെ അച്ഛൻ തന്നെ മാറ്റുക ആണ് മുഖണ് ഉണ്ടാക്കീരോന്നല്ലേ വന്നത് അപ്പൊ ഡൗർ അതാ ലി അണ്ടൻ മുത്തിലെ താനിയ കാരണം ദണ്ടാമത്തെ മുമാല്ല മരൻ ആ താനിയുടെ വസ്ത്രേ നമ്മളിപ്പോ നമ്മൾ ദണ്ഡ കാണിച്ച പ്രകാരം ആരല്ലേ സാനിയെ വസ്തുക്ക തുടർ തന്നെ ഇൻ ചാനൽ അതിനെ ഹിജാസ് ആക്കിയത് ആദ്യം നടപടി ഇതാണ് സാനി ഇതിനെ മഹിതക്കാരാ ഇതെ അല്ലേ നല്ല ഓരോന്ന് അവരുടെ ഓരോ വളരെ ഇഷ്ടമാർ എല്ലാ അല്ല എണ്ണം തുടർന്ന് പോകുകയാണ് ഇതാ നിയമത്തിന് അറ്റം ഇല്ലാത്തണെങ്കിൽ പത്തരസിലായ പത്തരസുകളിൽ വരും ഇതാകും ആ മൊഹാല് രണ്ട് മഹാലാണ് രണ്ട് മഹാലായ ആ താരി മുഹാല മുഖണ്ട മൂഹാലെ അന്ന് ചോദിക്കും ഈ രണ്ട് മുഹാലാണ് തെളിവെന്ത അത് വളരെ വ്യക്തമാണ് ഡൗറ് ഈ സ്ഥാപനത്തിന് ഇതിന്റെ മുഴുവനാക്കാൻ മുമ്പ് എന്തൊരു വരിക സമാജത്തിന്റെ ആര്യോ മറ്റേന്റെ കുണ്ടേ അപ്പം സമാജത്തിന് എന്താ വേണ്ടിവരാണ് വേണ്ട തിരികില്ലെന്ന് പറയുമ്പോൾ ആലോചിക്കാണ്ട് പിന്നെ അത്ത കൊടുണ്ട അതെയാണ് പിന്നെ മുമ്പ് എഴുതി വരേണ്ടത് ഇളവിൽ തന്നെയാണ് ഇലവില് ആരും ഉണ്ടല്ലോ വേണ്ടി വീട് അതെയാണ് തിരിഞ്ഞ കൂട്ടത്തിൽ അതാ ഇലകിട്ടിന്റെ അല്ലെങ്കിൽ മുമ്പ് എഴുതി കൊടുത്ത് കഴിക്കും എന്തെങ്കിലും തക്കത്തും കൊല്ലും അല്ലാത്ത അതിൽപ്പെട്ട ഓരോ ഒന്നും അതിന്റെ താഴ്ന്ന ആക്കണം മുണ്ടണം അതാ ഇതാണ് ഇതുണ്ടാക്കിയത് അല്ലേ അപ്പൊ ഇത് പിന്നണം ഇത് മുണ്ടണം എന്താ പറയുന്നത് ഇതിനെ ഉണ്ടാക്കിയത് ഇത് അപ്പൊ ഇത് കിണ്ടണം ഇത് പിന്നണം അപ്പൊ ഓരോ സാധനത്തെപ്പറ്റി മറ്റേത് കക്കത്തും മോണം ഡാക്ടറും മോരോ അറിയില്ല അതാ പോവാ അതാണെങ്കിൽ ആ ദമ്പതലാക്കിയതിന് പരസ്പര വൈരുദ്ധ്യത്തിന്റെ ഇടയിൽ എനിക്ക് അതാണ് ഒരു ഗൗർവാക്കിലാകുന്നില്ല മൽ വയസ്സുമാരി മറ്റൊന്ന് ഗൗർവാക്കിലാകാനുള്ള കൂടി ഒരു രാജ്യം കൂടി അതിൽ നേരത്തെ തക്കർദമും ടാക്കറും രാജിമാകൽ എന്നതുപോലെ തന്നെ മറ്റൊന്നും കൂടി തക്കും കൊല്ലുകാരിൽ നിന്നും ആ രണ്ടിനെട്ട ഓരോന്ന് മുന്തുണം അതായാലെ സ്വന്തം നെസ്സിനെക്കാണുമുണ്ടെന്ന് വരും രാജിനാക്കാണി പോരാ സ്വന്തം നെസ്സിനെക്കാണോ മുണ്ടണം ആ കാരണം ഈ സാധനം എല്ലാ ഈ സാധനത്തിന്റെ സാധനങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇത് പറക്കണം ഈനെ പറക്കണമെങ്കിൽ അതിൻ്റെ വേണ്ട അപ്പൊ മുൻ ജോലി അതെ ബുദ്ധിമാണോ ശേഷം ഉണ്ടാവണം ഇപ്പൊ താപ്പൂർ പോകാൻ സ്വന്തം നെസ്സിലാക്കണം താപ്പർ പോകണം ഭഗവലും നോക്കടാൻ അതാണെങ്കിലും വളരെ വ്യക്തമാണ് വാക്കിലാക്കും ഇനി തത്തൽസിന് വാസ്ലാണെന്നുണ്ടെങ്കിൽ വരണം വമ്മ തത്തൽസില് തത്തൽസിന് വാപ്പിലാക്കണെങ്കിലെ പോലെ അല്ലെങ്കിൽ ആഹത്തിൻ്റെ അത് നമ്മളെ ചേർക്കുന്നവർത്തേക്ക് ഇതാ ഒരു ആളിറക്കും ഒരേ ഇരാളിന്റെ ഒരു എങ്ങാഖ് ലാ ഇരാട്ട നഷ്ടമില്ലാത്ത ഇലായ ഒരു വേണം കൊല്ലും മിണ്ട ഇരാപ്പെട്ട ഓരോ ഓർത്തരും മുട്ടത്തിൽ പ്രതികോട്ടം കൊണ്ട് മുട്ടത്തി കാര്യം ചെയ്യും അപ്പൊ ഇത് ഇതല്ലേ ഇടാകുന്നത് സങ്കല്പിച്ചത് ഈ ഇരാളിനെ ഈരാണ്ടാക്കിയെ ഈ ഇരാളിനെ ഇടാകുണ്ടാക്കിയേ അപ്പൊ ഈ രാജിനോ പ്രതികോട്ടം കൊണ്ട് കാരണം ഈ സ്വന്തം ഇത് ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ ഈതുകൊണ്ട് സാധ്യത ഈതുകൊണ്ട് ഒരു സാധ്യത അപ്പൊ ഇച്ചിരി ഇതാകാൻ പറ്റില്ല ഹൃദോസും അരിതും വന്നാൽ അല്ല ഇവര് ഹൃദയസ് കൊണ്ടും അരിസ് കൊണ്ടും ഇഷ്ടിക്കാർ കൊണ്ടും മറ്റൊരു താണിയിലേക്ക് ഇഷ്ടിക്കാർ കൊണ്ടില്ലേ ഗൗതമാനം കത്തികാട്ടി അങ്ങനെ ഇടവു ഈ ഹൃദയോസ് അരിസ് എക്കാർ ഇത് കൊണ്ടുള്ള എസ് ഇലഹാരണ പദവി യോജിതാക്കളാണ് ആ മഹാമന്ദ്രാക്കുതിരക്ക് നിന ഇരക്കിയാണ് ഇരാക്കി വേണ്ടത് അജിത്തിന്റെ എതിരില്ത്തു വേണം എട്ടിക്കാരൻ്റെ എതിരില് എന്ത് വേണം നില വേണം എങ്ങനത്തെ അന്ന് ചോദിക്കും ഞമ്മക്കും കുതിരച്ചും ഞമ്മക്കും വിനയില്ലേന്ന് പക്ഷേ മുത്തലക്കല്ല ചില പ്രത്യേക കാര്യങ്ങൾക്ക് അപേക്ഷിതമായ ഒരു കുതിരച്ചും പ്രത്യേകമായ വില ഉണ്ടെന്നില്ല വേറെ കഴിഞ്ഞാൽ എറ്റുണ്ട് വേറെ ആളെ നൂറുണ്ട് നൂറുകാരനാക്കാൻ എച്ചക്കാരനെ കുറച്ച് സാമ്പത്തികമായ വില ഉണ്ടെന്നില്ല മുത്തലക്കായ വില എന്ന വീടില്ലല്ലോ മനസ്സിലാക്കാം കാരണം ഇതിൽ ആദ്യം ഇതെന്താ ഓരോ വീട്ടിനെ കൂടാണോ ഇല്ലേ ഇതിൽ ആദ്യതും പകേറും ആദ്യതമായ ഒരുത്തനാ ലായക്കൊണ്ട് കാടിക്കല്ലിൽ ആലം ആലമിന് കാടിക്കാടാൻ മാത്രം എങ്ങനത്തെ ആരമതി എത്തുക പറഞ്ഞിട്ടുണ്ട് ആലമനെ അത്യത്ഭുതകരമായ പ്രവർത്തനങ്ങളും അജായുധകളും അടങ്ങിയ സാധനമാണ് ആലം എന്ന് വന്നത് അങ്ങനത്തെ തന്നെ പറക്കാൻ ഒരു ആദ്യത്തിനെ പഠിച്ചിരിക്കുന്ന അതുകൊണ്ട് വമാപുദാ ഇൽ മൊഹാലി മൊഹാലി ചേർക്കുന്ന കാര്യങ്ങൾ മുഴുവനും